യുദ്ധഭൂമിയിൽ എന്നെ പ്രാപിക്കാനുള്ള വിദ്യ ഇതും പറഞ്ഞ് ഭഗവാൻ പതിനൊന്നാം അധ്യായം വിശ്വരൂപ ദർശന യോഗം പൂട്ടിവെച്ചു അപ്പം അർജുനന് ഒരു സംശയം എന്താ അർജുനന്റെ സംശയം നോക്കാം ഭക്തിയോഗ പന്ത്രണ്ടാം അധ്യായം ഭക്തിയോഗം ഭക്തിയുമായിട്ടുള്ള ചേർച്ച യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച ഭക്തി അർജുന ഉപാചം അധ്യായം ആരംഭിക്കുന്നത് അർജുനന്റെ ചോദ്യത്തോടുകൂടിയിട്ടാണ് ഏവം സതതയുക്ത ഭക്ത ത്വാം പര്യുപാസദേ അപ്പി അക്ഷരം അവ്യക്തം തേഷാം കെ യോഗവിതമാവം ഇപ്രകാരം ഇപ്രകാരം എന്ന് പറയുമ്പം പിറകിലേക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അതുകൊണ്ട് സ്വാമി അതിനെ വിസ്തരിക്കേണ്ട ആവശ്യമില്ല ഇപ്രകാരം സതതയുക്താം എപ്പോഴും ഭഗവാനിൽ ഉറച്ച മനസ്സോടുകൂടി സതതയുക്തന്മാർ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഭഗവാനിൽ പൂർണമായി സമർപ്പിച്ചിട്ടുള്ളവർ ഏ ഭക്ത ഏതേത് ഭക്തന്മാരാണോ ത്വാം അങ്ങയെ പര്യുപാസത്തെ ഉപാസിക്കുന്നത് അർജുനൻ ഇവിടെ രണ്ട് ഭക്തന്മാരെ അവതരിപ്പിക്കാൻ പോവുക ഭക്ത ത്വാം പരിവാസത്തെ അപീച്ച മാത്രമല്ല ഭഗവാനെ ഏ യാത് യാതൊരുവരാണോ ഏത് ആളുകളാണോ അവ്യക്തം അക്ഷരം അവ്യക്തമായ അവ്യക്തം എന്ന് പറഞ്ഞാൽ ന്യക്തം വ്യക്തമല്ല എന്ന് വ്യക്തമല്ലാത്തത് ഇന്ന പറയാൻ പറ്റാത്തത് അക്ഷരം ാശരഹിതമായി ഈ അവ്യക്തം അക്ഷരം എന്നുള്ളതുകൊണ്ട് നിർഗുണമായ അങ്ങയെ ആദ്യം സഗുണമായ അങ്ങയെ അപ്പൊ സഗുണമായി അങ്ങയെ ഉപാസിക്കുന്നവരും നിർഗുണമായിട്ടുള്ള അങ്ങയെ ഗുണരഹിതനായിട്ടുള്ള അങ്ങയെ ഉപാസിക്കുന്നവരും ഉപാസതേ ഇവിടെ പറയുന്നു ഉപാസിക്കുന്നു അപ്പൊ രണ്ടു വിധത്തിലെ ആളുകൾ അങ്ങയെ ഉപാസിക്കുന്നു തേഷാം അവരിൽ ആരൊക്കെയാണ് സഗുണ ആരാധകരിലും നിർഗുണ ആരാധകരിലും തേശാം കെ യോഗവിത്തമാഹ യോഗവിത്തമാഹ കെ ആരാണ് ഉത്തമന്മാർ ആരാണ് ശ്രേഷ്ഠന്മാർ വളരെ വളരെ കാലിക പ്രസക്തിയുള്ള ചോദ്യമാണ് ഇവിടെയാണ് നിങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്ര ആരാധനയെക്കുറിച്ചും നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കേണ്ടത് പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ട് ഈ അധ്യായത്തിൽ ആ സംശയങ്ങളൊക്കെ തന്നെ അർജുനൻ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു അർജുനൻ അവതരിപ്പിച്ച ഈ സംശയത്തിൽ അതായത് നമുക്ക് അർജുനൻ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരാണ് ഇതിൽ ശ്രേഷ്ഠന്മാർ എന്നാണ് അപ്പൊ തീർത്ഥാടനം ചെയ്യുന്നത് ഭഗവാനെ തീർത്ഥാടനത്തിലൂടെ അർച്ചനാദികളിലൂടെ മന്ത്രജപത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ ഇപ്പോൾ ജ്യോതിഷം ശകുനം നോക്കൽ എല്ലാം ഇതൊക്കെ അങ്ങയെ സംബന്ധിക്കുന്നതാണല്ലോ ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ അങ് ഇതിലൊരു അവസാനം അങ്ങയിലാണ് ഇത് എത്തി നിൽക്കുക അങ്ങനെ അങ്ങെ ഉപാസിക്കുന്നവരുണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി അങ്ങയെ സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നവൻ ഈ വിശ്വത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങയുടെ പ്രീതിക്കായി അങ്ങയെ പ്രീതിപ്പെടുത്തി ഈ പ്രശ്നം പരിഹരിക്കുന്ന വിദ്യ പ്രശ്ന പരിഹാരം ഇതൊക്കെ ചെയ്യുന്നുവല്ലോ ഒരു കൂട്ടം ആളുകൾ ഇത് എത്രത്തോളം ശരിയാണ് ഒരുപാട് കത്തുകൾ സ്വാമിക്ക് കിട്ടിയിട്ടുള്ളതാ ഇത് ശരിയാണോ അതോ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു വന്ന ഈശ്വരൻ്റെ ഇതം ഈശാവാസ്യം ഇതം സർവം ഈശ്വരൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എങ്കിൽ അത്തരത്തിലൊരു ഒരു ഈശ്വരനെ എന്തിന് പ്രത്യേകം ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഉപാസിക്കണം ഇത് ശരിക്കും ഇവിടുന്നുള്ള ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക സ്വാമി കഴിയുന്ന വിധത്തിൽ പറയാം ഏതായാലും ഇതിൽ സംശയത്തിന് വീണ്ടും വീണ്ടും സംശയം ഉണ്ടാവുന്നതും മര്യാദയ്ക്ക് കേൾക്കാത്തതും ഉണ്ട എല്ലാം കഴിഞ്ഞാൽ അവസാനം ചോദിക്കും ഇനി എന്നാണ് അത് അതിനാണ് ഈ കുഴപ്പമുണ്ടാകുന്നത് നമുക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയാം നമുക്കിത് എന്താ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ആ യു ബുദ്ധിക്കിത് തെളിഞ്ഞു കിട്ടും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി അങ്ങയെ സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പോന്നവൻ ഈ വിശ്വത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങയുടെ പ്രീതിക്കായി അങ്ങയെ പ്രീതിപ്പെടുത്തി ഈ പ്രശ്നം പരിഹരിക്കുന്ന വിദ്യ പ്രശ്നപരിഹാരം ഇതൊക്കെ ചെയ്യുന്നുവല്ലോ ഒരു കൂട്ടം ആളുകൾ ഇതെത്രത്തോളം ശരിയാണ് ഒരുപാട് കത്തുകൾ സ്വാമിക്ക് കിട്ടിയിട്ടുള്ളതാ ഇത് ശരിയാണോ അതോ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു വന്ന ഈശ്വരന്റെ ഇതം ഈശാവാസ്യം ഇതം സർവം ഈശ്വരൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എങ്കിൽ അത്തരത്തിലൊരു ഒരു ഈശ്വരനെ എന്തിന് പ്രത്യേകം ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഉപാസിക്കണം ഇത് ശരിക്കും ഇവിടെ നിന്നുള്ള ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക സ്വാമി കഴിയുന്ന വിധത്തിൽ പറയാം ഏതായാലും ഇതിൽ സംശയത്തിന് വീണ്ടും വീണ്ടും സംശയം ഉണ്ടാവുന്നതും മര്യാദയ്ക്ക് കേൾക്കാത്തതും എല്ലാം കഴിഞ്ഞാൽ അവസാനം ചോദിക്കും ഇനി എന്നാന്ന് അത് അതിനാണ് ഈ കുഴപ്പമുണ്ടാവുന്നത് നമുക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയാം നമുക്കിത് എന്താ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ യു ബുദ്ധിക്ക് ഇത് തെളിഞ്ഞു കിട്ടും നമ്മുടെ സംശയത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് തൃശൂരിൽ തൃശൂർ കാലടിയിൽ രാമകൃഷ്ണ ആശ്രമത്തിൽ വെച്ചിട്ട് അദ്വൈത ആശ്രമത്തിൽ വെച്ച് കുട്ടികളുടെ ഒരു ക്യാമ്പുണ്ടായിരുന്നു കുട്ടികൾക്ക് മൂന്ന് ദിവസത്തെ ബാൽവിഹാർ ക്യാമ്പ് അന്ന് സ്വാമി അവിടെ കുട്ടികൾക്ക് രാവിലെ ഗായത്രി എന്താ ഗായത്രി ഹവനം ഗായത്രി ഹവനം അതുപോലെ ക്യാമ്പിൽ ഉപനിഷത്ത് പഠിപ്പിച്ചു കൊടുത്തത് ഈശാവാസി ഉപനിഷത്ത് നല്ല രസമായിട്ടുള്ളൊരു നല്ല ഇപ്പോഴും നമുക്ക് നല്ലൊരു എന്താ ഓർക്കാൻ വളരെ ഓർത്തു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു ക്യാമ്പാണ് കുട്ടികളുമായിട്ട് മൂന്ന് ദിവസം നല്ല കുട്ടികൾ രാവിലെ അധികാലത്ത് നാല് മണിക്ക് എഴുന്നേറ്റ് എല്ലാവരും ഈ എന്താ ഹോമകുണ്ടത്തിൻ്റെ മുൻപിൽ ഓരോരുത്തരും ഗായത്രി ചെയ്യുന്ന ഒക്കെ ഒരു അനുഭവം ഒരു വിശേഷ ഒരു അനുഭവമായിരുന്നു അന്ന് ഉപനിഷത്ത് പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ ഈ ഈശാവാസ്യത്തിലെ ചില മന്ത്രങ്ങൾ എല്ലാം ഇല്ല പിന്നെ സൂര്യമണ്ഡലാഷ്ടകം ഇതൊക്കെ ആ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അപ്പൊ പറയാൻ കാരണം ഇതൊക്കെ പഠിപ്പി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ചോദിച്ചു എന്ത് ഈശ്വരൻ എവിടെ ഇരിക്കണെന്ന് പറഞ്ഞാൽ പറയുന്നവർക്ക് ഒരാപ്പിൾ അവിടെ നിന്നാണ് സംഭവം ആരുല്ല പറയാൻ ഒരു വിദ്വാൻ പറഞ്ഞു സ്വാമി ഈശ്വരൻ എവിടെയാണ് ഇരിക്കാത്തതെന്ന് പറഞ്ഞാൽ സ്വാമിക്ക് രണ്ടാപ്പിൾ ഇതാണ് ക്ലാരിറ്റി വ്യക്തത മനസ്സിലാവുന്നുണ്ടോ സ്വാമി പറയൂ ഇരിക്കാത്ത ഇടം ഞാൻ അങ്ങോട്ട് തരാം രണ്ടാപ്പിൾ ആരാ പറയുന്നത് കുട്ടികൾ കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്നല്ലേ പറയുക ആ കുട്ടികൾക്ക് മനസ്സിലാവില്ല കുട്ടികൾക്കാ മനസ്സിലാവുക അവർക്ക് അസലായിട്ട് മനസ്സിലാവും അത് ചെറുപ്പത്തിലേക്ക് കൊടുത്താൽ മതി പക്ഷേ നമ്മൾ കൊടുക്കണം എന്താ നിനക്ക് മനസ്സിലാവില്ല എന്നാ ഈ വ്യക്തത ഇതാണ് നമുക്ക് കിട്ടേണ്ടത് അത് കിട്ടും കിട്ടണം ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഗുരുപരമ്പര അനുഗ്രഹിക്കട്ടെ അപ്പൊ ചോദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക അർജുനന്റെ ചോദ്യത്തെ നമുക്കൊന്നുകൂടെ വിപുലപ്പെടുത്താം ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പ് ക്ഷേത്ര ആരാധന അതുപോലെ ഓരോരോ മന്ത്രജപം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധന അനുഷ്ഠാനങ്ങളുണ്ടല്ലോ ഈ അനുഷ്ഠാനങ്ങളൊക്കെ ഏത് പ്രകാരത്തിൽ ഒരുവനെ സത്യത്തിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇത് ശരിയാണോ ഇതാണോ ശരി അതോ ഇതൊന്നുമില്ലാതെ എവിടെയെങ്കിലും അങ്ങനെ ഇരിക്കുന്നതാണോ ശരി ഇതാണ് അർജുനന്റെ ചോദ്യം നിങ്ങളുടെ ചോദ്യമല്ല ഇത് അല്ല ഞങ്ങൾക്കങ്ങനത്തെ ഒരു പ്രശ്നമില്ല സ്വാമി സ്വാമി അടുത്ത അധ്യായത്തിലേക്ക് വരൂ വേഗം ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഇല്ല ആ ഇത് ലോകത്തിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ എല്ലാവർക്കുള്ള ചോദ്യമാണ് ഈ ചോദ്യം ഇതിൽ എല്ലാം പെടുകുട്ടോ എല്ലാ ചോദ്യങ്ങൾ അർജുനൻ ഇങ്ങനെ പറയുന്ന ഇതിലാരാണ് ശ്രേഷ്ഠന്മാർ എന്ന് അർജുനൻ ചോദിക്കുന്നല്ലോ അതായത് ഇവനാണോ ശ്രേഷ്ഠൻ ഇവനാണോ ശ്രേഷ്ഠൻ ഇതാണ് അർജുനന്റെ ചോദ്യം ഒരാള് അദ്ദേഹത്തിന് കാ ഈ കാത് കേൾവിക്കുറവുണ്ടല്ലോ കേൾവിക്കുറവിനൊരു മിഷീൻ വെക്കില്ലേ അതെ എല്ലാറ്റിനും മിഷീനാണ് ഇപ്പം അപ്പൊ ഇത് വിൽക്കുന്ന ഒരു കടയുണ്ട് അപ്പൊ അവിടെ ചെന്ന് അപ്പൊ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരെണ്ണം വേണം കുറവാണെന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പരിശോധിച്ചിട്ട് ഇത് വേണം എന്ന് നിർദ്ദേശിച്ചിരിക്കുക അപ്പൊ അവിടെ ചെന്ന് ചെന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു ഏത് റേഞ്ചിലുള്ളതാ വേണ്ടത് കാശപ്പൂപ്പിൻ്റെയിൽ എത്ര ഉണ്ട് എന്ന് ചോദിച്ചു അതെങ്ങനെയാ മോനെ പലതുണ്ടോന്ന് ചോദിച്ചു അതെ പലതും ഉണ്ട് അപ്പൊ ഉപയോഗം അതെ ഉപയോഗം പല വിധത്തിലാ പറഞ്ഞുതരാം എത്ര എത്ര എന്നാൽ തുടക്കം എത്രയാ തുടക്കം അമ്പത് രൂപയിൽ തുടങ്ങും എത്ര രൂപ വരെ അയ്യായിരം വരെ ഉണ്ട് ആഹാ അപ്പൊ അമ്പത് രൂപയുടെ സാധനമുണ്ട് അയ്യായിരത്തിൻ്റെ സാധനമുണ്ട് അപ്പൊ അയ്യായിരത്തിൻ്റെ വിശേഷം എന്താ അയ്യായിരത്തിൻ്റെ വിശേഷം എന്താന്ന് പറഞ്ഞാൽ അതങ്ങനെ കാതിൻ്റെ ഉള്ളിലിരിക്കും വളരെ കാതുപോലെ ഉണ്ടാവും ഒന്നും കാണില്ല മനസ്സിലാവില്ല ആർക്ക് നോക്കിയാലും അത് ശരി അമ്പതിൻറെയോ അമ്പത് എങ്ങനെയാന്ന് പറഞ്ഞാ ഇതാ ഈ സാധനം ഇവിടെ അങ്ങോട്ട് ഘടിപ്പിക്കൊരു ചെറിയൊരു സാധനം അതെങ്ങനെ ഘടിപ്പിക്ക എന്നിട്ട് ഈ വയർ പോക്കറ്റിലേക്ക് ഇട്ടേക്ക ഇതിലേ എങ്ങനെ ഉള്ളൂ അതെ ഉള്ളൂ എങ്ങനെയാ ഇതിനെ പ്രവർത്തിപ്പിക്ക പ്രവർത്തനൊന്നുമില്ല അപ്പൊ അതെന്താ ഇത് വെറുതെയാണ് ഹൈ വെറുതെ എന്ന് പറഞ്ഞാ അതെ മറ്റുള്ളവര് കണ്ടുകഴിഞ്ഞാൽ മറ്റുള്ളവർക്കറിയാം നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവര് ഉച്ചത്തിൽ അങ്ങോട്ട് പറയും അങ്ങേക്ക് കേൾക്കും ഇത് പ്രവർത്തിക്കില്ല മനസ്സിലാവുന്നില്ലേ ഇങ്ങനെ പല ഗണത്തിൽ പെടുന്നു ആളുകൾ എന്ന് പറയാം ഏതാണ് ശ്രേഷ്ഠം എന്ന് ചോദിച്ചാൽ ചോദ്യം എങ്ങനെ വിനോബാജി വിനോബാജിയുടെ ഗീതാവ്യാഖ്യാനത്തിൽ നമുക്ക് ഏറ്റവും സുന്ദരമായത് ഈ ശ്ലോകത്തെ അങ്ങോട്ട് വിനോബാജി എടുക്കുന്നുണ്ട് വിനോബാജിക്ക് ഏറ്റവും എന്താ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അമ്മ തന്നെയാണ് എന്തിനും അദ്ദേഹത്തിന് അമ്മയാണ് പറയാനുള്ളത് അദ്ദേഹം പറയുന്നത് ഭഗവാൻ ഇപ്പൊ അമ്മയെ പോലെ കഷ്ടപ്പെടുക കഷ്ടപ്പെടുക അർജുനന്റെ ഈ ചോദ്യം കേട്ടിട്ട് ഒരമ്മയോട് ചോദിക്കുകയാണ് അമ്മയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് ഏ അതിൽ മൂത്ത കുട്ടിയാണോ ിടുക്കാൻ അതോ വിനോബാജി പറയുന്നത് രണ്ട് കുട്ടികളുള്ള ഒരു കുട്ടിയെ എനിക്ക് വേണം എന്നൊരാള് പറയാ ഏത് കുട്ടിയെ കൊടുക്കും നിങ്ങൾ പറയും രണ്ടിനെയും കൊടുക്കില്ല അങ്ങനെ പറ്റില്ലാന്ന് പറയും ചിലര് പറയും രണ്ടിനെയും എടുത്തോളാം പറ രണ്ട് കുട്ടികളില് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ വിനോബാജിയുടെ അതിനെ ഒന്നുകൂടെ ലൈറ്റാക്കാം ചിലപ്പോ വീട്ടിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ രണ്ട് കുട്ടികൾ ഒന്ന് പിടുങ്ങാസ് അതായത് എൽ കെ ജിയിലൊക്കെ പോവാൻ തുടക്കം ആയിട്ടേ ഉള്ളൂ ഒന്നൊരേഴാം ക്ലാസ്സില്ല അപ്പം ഇതിൽ അമ്മേ ഇതിൽ ആരാ മിടുക്കൻ ആരാ മിടുക്കി രണ്ട് രണ്ടും ആൺകുട്ടികളാണെങ്കിൽ ആരാ മിടുക്കൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക എന്താ പറയുക ചുരുക്കി പറഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ ഒരു കഷ്ടപ്പാട്ടിലെട്ടിരിക്കുക ആരാണ് മിടുക്കൻ രണ്ടും ഭഗവാന്റെ ആൾക്കാരാണ് സഗുണ ആരാധകരും നിർഗുണ ആരാധകരും ഒരു നല്ല അറിവുള്ള അമ്മയാണെങ്കിൽ ഈ ചിടുങ്ങൻ എങ്ങനെ പിടിച്ചിട്ട് പറയും ഇതല്ലേ അമ്മയുടെ പ്രിയപ്പെട്ട മോൻ എന്ന് പറഞ്ഞു മറ്റേനോട് ഒന്ന് കണ്ണിറുക്കി കൊടുക്കും ഈ കണ്ണിറുക്കലിൽ അവൻ വായിച്ചെടുക്കും എന്ത് ഇവൻ ഈ എന്താ ഇവൻ പ്രിയപ്പെട്ടതല്ലാന്നോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അത് മതി വീണുപോകും അല്ലേ ഇവൻ ഇപ്പൊ എന്റെ നിത്യ സാന്നിധ്യം ഇത്തരത്തിലുള്ളതൊക്കെ ആവശ്യമാണ് ഭഗവാൻ വിനോബാജി പറയുന്നു ഭഗവാൻ മാതൃഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് മാതൃഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അർജുനനോട് അർജുനന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതാണ് ശ്രീഭഗവാ നിത്യുക്ത ഉപാസകേ ശ്രദ്ധയാ ശ്രീ ഭഗവാൻ ഉവാച ഭഗവാൻ അർജുനന് മറുപടി കൊടുക്കുന്നു മൈ ആവേശ്യ മനഃ യേ മാം നിത്യുക്ത ഉപാസത്തെ ശ്രദ്ധയാ പരയാ ഉപേതേ യുക്തമാമതാ ഭഗവാൻ പറയുന്നു മൈ മനഃ എന്നിൽ മനസ്സിനെ ആവേശ പ്രവേശിപ്പിച്ചിട്ട് സമർപ്പിച്ചിട്ട് നിത്യയുക്ത എല്ലാം എന്നിൽ സമർപ്പിക്കുന്നവരായി പരയാ ശ്രദ്ധയാ ദീർഘല്യ പാരയ എന്നല്ല പരയാ പരയാ അത്യന്തം പര എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഓർക്കുക ദേശം കാലം വസ്തു ഈ പരിമിതികൾ ഇല്ലാത്തത് പരയാ അപ്പൊ ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തുവിലോ പരിമിതപ്പെടാത്ത ശ്രദ്ധയാ ശ്രദ്ധയോട് കൂടിയിട്ട് ഉപേതാഹ ഉപേതാഹ എന്ന് പറഞ്ഞാൽ കൂടിയവരായി ഏ മാം ഉപാസതേ ആരൊക്കെയാണോ എന്നെ ഉപാസിക്കുന്നത് തേ അവർ യുക്തതമാഹ അവർ ശ്രേഷ്ഠന്മാരാണ് ഭഗവാന്റെ പക്ഷമാണ് അവർ ശ്രേഷ്ഠന്മാരാണ് മേ ഇതെന്റെ അഭിപ്രായമാണ് അപ്പൊ ഭഗവാന്റെ അഭിപ്രായത്തിൽ എന്താ നിങ്ങൾ ഈശ്വരനെ ആരാധിക്കുന്നത് എങ്ങനെയാണ് ഈശ്വരനെ ആരാധിക്കുന്നത് എന്നാണെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലോ വിഗ്രഹത്തിലോ കാര്യങ്ങൾ വളരെ വളരെ വളരെ എന്താ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ വളരെ ആസൂത്രിതമായി ക്ഷേത്രങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ആരൊക്കെ യുക്തിവാദികളോ അല്ലാത്തവാദികളോ എത്രയോ കാലമായി നിരന്തരം അനുസ്യൂതം ഇന്നും ഇന്നലെയും നാളെയും പ്രവർത്തിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും ക്ഷേത്രങ്ങളൊന്നും തകരുന്നില്ല അല്ലെങ്കിൽ ക്ഷേത്രം എന്ന സങ്കൽപ്പം നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല സ്വാമിക്ക് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചില ചില സന്ദർഭങ്ങളിൽ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് വളരെ വേദനയോടുകൂടിയിട്ട് എഴുത്തുകൾ വരുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് കാരണം നമുക്ക് ഈ താക്കോല് ഉപേക്ഷിക്കാൻ ഇപ്പോഴും ഭയമാണ് ആരോ നമ്മളോട് പറയണു ഇതെന്തെങ്കിലും തുറന്ന് തരും എപ്പോഴൊക്കെയോ ഏതൊക്കെയോ കാലങ്ങളിൽ വളരെ ഭംഗിയായി ഈ താക്കോൽ ഈ പൂട്ടു തുറന്ന മഹാത്മാക്കൾ അല്ലെങ്കിൽ സാധാരണക്കാർ ഈ ലോകത്തിൽ എത്രയോ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഇതൊരു താക്കോലാണ് എന്ന് പോലും അറിയാതെ നമുക്കിത് താക്കോലാണെന്ന് പോലും അറിയില്ല അങ്ങനെ അറിയാതെ നമ്മളീ താക്കോൽ ഒരു ഭാരമായി നാം കൊണ്ടു നടക്കുന്നുണ്ട് എന്നാലും ഇത് നമ്മൾ കൊണ്ടു അത് സത്യമാണ് അതുകൊണ്ട് ആ ഒരു എന്താ പറയുക ശ്രദ്ധയുണ്ടല്ലോ നമുക്കതിനോട് കാണുന്ന അതിനെ ധിക്കരിക്കാൻ ഭയപ്പെടുന്ന ഒരു ശ്രദ്ധ അത് ആവശ്യം വളരെ പണ്ടേക്ക് പണ്ടേ നമ്മുടെ പൂർവന്മാർ നമ്മുടെ ജീനിലിട്ട് വെച്ചതാണ് കാരണം ഇതുകൊണ്ട് തുറന്നിട്ടുണ്ട് ബോധം ഒക്കെ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ വളരെ വളരെ ഈ അത് നമ്മുടെ ക്ഷേത്രങ്ങൾ അതെവിടെയോ ഏത് ഗുഹയിൽ താമസിക്കുന്ന കാലത്തും നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ ക്ഷേത്രങ്ങളൊരു ഗസ്റ്റ് ഹൗസ് പോലെയായിരുന്നു ആദ്യം അതായത് ഗസ്റ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് എപ്പോഴോ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആരുടെയോ ബോധത്തിൽ ആ ഒരു ഭഗവാൻ മാനുഷവേഷം ധരിച്ച് വന്ന ഭഗവാനെ ആ ചിന്തിച്ചു വളരെ രസമാണ് ആ ഭഗവാനെ ഇരുത്താൻ ഏറ്റവും യോഗ്യമായ ഒരു ഇടം മനോഹരമായ ഒരു ഇടം ഒരാളുടെ മനസ്സിൽ സംജാതമായി എന്ന് പറയാം അവരേറ്റവും ഉത്തമമായിട്ടുള്ള ഒരു അതുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പവിത്രമായിട്ടുള്ള രീതിയിൽ അതിന് ചെയ്യുന്നത് പക്ഷേ നമ്മൾ പഠിച്ച ഈ ചരിത്രം ഉണ്ടല്ലോ ഇതാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി വെച്ചത് രാജാക്കന്മാര് അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ച് ഉണ്ടാക്കിയതാണ് അത്ര ക്ഷേത്രങ്ങൾ നിന്ന് അമൂല്യമായ അമൂർത്തമായ ഒരു വിഗ്രഹങ്ങളും ലോകത്ത് ഒരിടത്തും ഈ വിഡ്ഢികൾ ഇനിയും ഒരു ശില്പിയെയും എന്താ കടാരി പിറകിൽ വെച്ച് ശില്പം നിർമ്മിക്കാൻ ഈ ലോകത്താർക്കും സാധിച്ചിട്ടില്ല സാധ്യമല്ല ഒരു മിലിട്ടറി ഇന്ന് കാണുന്നുണ്ടല്ലോ പല അമേരിക്കയുടെ എന്താ ക്യാമ്പ് ക്യാമ്പുകളിൽ ആളുകളെ എന്തു പല പല പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നത് നോക്കൂ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗീതയുടെ പ്രസക്തി മനസ്സിലാവും അവിടെ മനുഷ്യനെ യന്ത്രമാക്കുന്ന ഒരു ട്രെയിനിങ് ഉണ്ട് അത്ര അമേരിക്ക റഷ്യയില് അവരുടെ രഹസ്യ സെല്ലുകള് ഉണ്ട് അത്ര അവർക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ റഷ്യയില് അവരുടെ സ്വകാര്യ സെല്ലുകൾ പത്രത്തില് വന്നതാ റഷ്യക്കാരന് ഒരു അറിയില്ല സ്വകാര്യ ജയിലുകള് അമേരിക്ക പല രാജ്യങ്ങളിലും ജയിലുകളെ സ്വകാര്യവത്കരിക്കുക ലോകം പോകുന്നത് എങ്ങോട്ടാ നോക്കണം എന്താ സംഭവിക്കാൻ പോകുന്നത് ജയിലുകളെ സ്വകാര്യവത്കരിച്ചിട്ട് പീഡനത്തിന്റെ അത്യുദാത്ത അതായത് പീഡനത്തിന്റെ പുതിയ പുതിയ ഭാവങ്ങളും പണ്ട് ഹിറ്റ്ലർ കണ്ടുപിടിച്ചിരുന്നു ആളുകളെ കൊണ്ടുപോകുന്ന സമയത്ത് സൈലൻസറിന് ദ്വാരമുണ്ടായിട്ട് അതിലൂടെ കാർബൺ ഈ വണ്ടിക്ക് അക ഈ അകത്ത് കയറിയ സമയത്ത് ശ്വാസം മുട്ടി ആളുകൾ കുറെ പേര് മരിച്ച സമയത്ത് ഇവരെ കൊല്ലാൻ കൊണ്ടുപോകുക അപ്പോഴാണ് മൂപ്പരാലോചിച്ച് ഇത് നല്ല ഐഡിയ ആണല്ലോ എന്ന് അങ്ങനെയാണ് ഈ ഗ്യാസ് ചേംബർ അദ്ദേഹം കണ്ടുപിടിച്ചത് എല്ലാവരെയും ഒരു ഇതിന്റെ അകത്തിട്ടിട്ട് അതിലേക്ക് ഗ്യാസ് കയറ്റി വിട്ട് കൊല്ലുക എളുപ്പത്തിൽ കൊല്ലുക അപ്പൊ ആ കൊല ചെയ്യുന്നതിന് എന്തുണ്ടാക്കുന്നു അത്രേ അവിടെ പറയുന്നത് വളരെ രസമായിട്ടാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത് ബോധത്തെ മാറ്റുക അതായത് ഒരു ഇംഗ്ലീഷിലൊരു സിനിമ പോലും സിനിമയുണ്ട് യുദ്ധത്തിന് വേണ്ടി ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് വളരെ രസമാണ് അത് അതെന്താ അതെന്നറിയോ അതിൽ അവന് ഹൃദയമില്ല ഹൃദയമില്ല അവസാനം ആ സിനിമയിൽ അവന് ഹൃദയം ഉണ്ടാകുന്നതാണ് പിന്നെ അവന് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല അവൻ കുട്ടികളൊക്കെ അല്ലെങ്കിൽ അവന് ഹൃദയം ഇല്ലാത്ത ഒരുവനെ സൃഷ്ടിക്കുക ഹൃദയം ഇല്ലാത്ത കുറെ മനുഷ്യന്മാരെ സൃഷ്ടിച്ച് മനുഷ്യന്മാരെ പീഡിപ്പിക്കുക ഇതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുക ഇവിടെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ക്യാൻസർ മാറുക അത് മാറുക ഇവർ ഏറ്റവും കൂടുതൽ ധനം വിനിയോഗിക്കുന്നത് ഇതിലൊക്കെയാണ് നമ്മുടെ ലോകത്തിൽ ആരാധ്യന്മാർ എന്നൊക്കെ വിചാരിക്കുന്ന പല രാഷ്ട്രത്തിൻ്റെ ഉന്നവന്മാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെയാണ് സമാണ് കാര്യങ്ങൾ അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് അത് നോക്കൂ ആരൊക്കെ എത്രയൊക്കെ കാലമായിട്ട് വളരെ വളരെ ആസൂത്രിതമായിട്ട് ഇതിനെയൊക്കെ ധ്വംസനം ചെയ്യാൻ അതുകൊണ്ടല്ലേ ഒരു കാലത്ത് ക്ഷേത്രത്തെയൊക്കെ തള്ളി പറഞ്ഞവർക്ക് പിന്നീട് അതിന്റെ നടയിൽ തുലാഭാരം ചെയ്യേണ്ടി വരുന്നത് കാരണം ജീനിൽ കടത്തി വിട്ടിട്ടുണ്ട് എടോ നീ ഇന്നലെയും ഇന്നലെയും ഇന്നലെയും ഇനി അന്ന് വായിച്ചതിന്റെ ഫലമല്ല ഭഗവാൻ നാലാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട് സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം യേശവോസ്തിഷ്ഠ കാമതു നിന്നെ ഉണ്ടാക്കിയതേ യജ്ഞം കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കടത്തി വിട്ടിട്ടുണ്ട് ഇതില് നിന്റെ ജീനിൽ തന്നെ അപ്പം നമ്മുടെ ഉൾ നമ്മൾ തന്നെയാണ് വർഷങ്ങൾക്ക് അപ്പുറത്ത് ഇതൊക്കെ സാക്ഷാത്കരിച്ചിട്ടുണ്ടാവും ഇതിലൂടെ ഈ താക്കോല് വെച്ച് തുറന്നിട്ടുണ്ട് എന്ന് പറയാം അതുകൊണ്ടാണ് നമുക്ക് കൈവടിയാൻ ഇപ്പോഴും പേടി അതുകൊണ്ടല്ലേ ഈ ജ്യോതിഷത്തിൽ അവർ പറയും നിങ്ങൾ ഈ ഭാഗം ഇന്നും നാളെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കണേ ഇന്ന് കേട്ടവര് നാളെ വരാതിരിക്കരുത് കുഴപ്പാവും ചിലര് വെറുതെ വന്ന് തലയിട്ട് നോക്കിപ്പോവും പിന്നെ ആകെ പ്രശ്നമാവും അങ്ങനെ തലയിട്ടിട്ട് മതിയാക്കി പോകണ്ട ജ്യോതിഷത്തിൽ പറയും നമ്മൾ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ കുറ്റിയും പൊരിച്ചൊക്കെ പോയി ബോംബെയിലോ കൽക്കട്ടയിലോ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ സെറ്റിൽ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഒരു പ്രശ്നം വയ്ക്കുക അപ്പോൾ പറഞ്ഞു ഇതാ കുടുംബത്തിൻ്റെ കുലദേവനെ മറന്നിട്ടാണ് നിങ്ങൾ ഈ അമേരിക്കയിൽ പോയിരിക്കുന്നത് ആ അപ്പോൾ ഭാര്യ തോണ്ടു ആ ശരിയാണല്ലോ മൂപ്പര അവിടെ കാട് പിടിച്ച് നേദ്യോ ഒന്നുമില്ലാതെ ഇരിക്കുന്നു ഇനിയിപ്പോൾ മൂപ്പരെ തൃപ്തിയാക്കണം നാസയിലാണ് ആൾ ജോലി ചെയ്യണത് പക്ഷേ എന്നാലും കിടുകിട വിറയ്ക്കാൻ തുടങ്ങി എന്ന് പറയാം ഓടനെ വരിക അടുത്ത ഫ്ലൈറ്റിന് പ്രശ്നപരിഹാരത്തിന് എന്തുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ പോയി കിടങ്ങും ഇതിനെ നിഷേധിക്കാൻ ഇതിനെ നിരാകരിക്കാൻ ഒരുവനും ആയിട്ടില്ല എന്ന് പറയാം അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് സ്വാമി ഇതിൻ്റെ നിഷേധിയാണ് ഇതിൻ്റെ അങ്ങേയറ്റത്തെ ഇതിനെ അതിനെ അർഹിക്കുന്ന എത്രയോ അങ്ങേയറ്റത്തെ ബഹുമാനത്തോടുകൂടി ആ ക്ഷേത്രത്തെ നമ്മൾ കാണുന്നത് പക്ഷേ നിങ്ങളുടെ ഈ പോയിട്ടുള്ള ഈ വിളി ഉണ്ടല്ലോ അതിൽ സ്വാമിക്ക് യാതൊരു താല്പര്യവും ഇല്ല പക്ഷേ വിളിക്കാനൊരിടം വേണം അത് വേറെ പറയാം ഇതൊക്കെ പറയാം അതൊരു താക്കോലാണ് സ്വർണ്ണ താക്കോല് സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞ ദ ഗോൾഡൻ ചാവ എന്ന് പറയാം താക്കോൽ നമുക്ക് നാളെ ഇതിനെ ഈ അധ്യായം ഒന്ന് നമുക്ക് നന്നായി മനനം ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ ആ പൂർണ്ണത നമുക്ക് കൈവരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഭക്തിയോഗം പന്ത്രണ്ടാം അധ്യായം ഇരുന്നൂറ്റി ശ്ലോകങ്ങൾ ഇനി നമുക്ക് ബാക്കിയുണ്ട് എത്ര ദിവസം ബാക്കിയുണ്ടെന്നറിയാം മുൻപില് ഒരു പ്രശ്ന ഒരു ചോദ്യത്തെ പ്രശ്നത്തെ അവതരിപ്പിക്കുന്നു ഭഗവൻ സഗുണമായി അങ്ങയെ ആരാധിക്കുന്നതാണോ നിർഗുണമായി അങ്ങയെ ആരാധിക്കുന്നതാണോ ഇങ്ങനെ രണ്ട് പ്രകാരത്തില് ആളുകള് അങ്ങയെ ഭജിക്കുന്നു ഏതാണ് ഇതിൽ ശ്രേയസ്കരം ഇതിനെ നമ്മള് ഈ ചോദ്യത്തെ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയും ചോദ്യമാണ് നമ്മൾ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ക്ഷേത്രങ്ങള് ക്ഷേത്ര ആരാധനകൾ അല്ലെങ്കിൽ നാം വീടുകളിൽ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ ഏകാദശി പുണ്യ തീർത്ഥ കേന്ദ്രങ്ങൾ സന്ദർശിക്കുക ചില പ്രത്യേക ദിവസങ്ങളിൽ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ മന്ത്രജപം മുറജപം ഇങ്ങനെ ഓരോന്നുണ്ടല്ലോ എന്താണ് ഇതിൻ്റെയൊക്കെ താല്പര്യം ഇന്നലെ നമ്മൾ ഒരു ഉദാഹരണം ഈ ഒരു വിഷയത്തിൽ എന്താ ഒരു മനസ്സിലാക്കാനൊരു ശ്രമം നടത്തി എന്ന് പറയാം ഒന്ന് ഇത് താക്കോലാണ് എന്നുള്ളത് ഈ താക്കോൽ ഉപയോഗിച്ച് എപ്പോഴൊക്കെയോ അതായത് നമ്മൾ തന്നെയാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നത് എന്ന് പറയും കാരണം നമുക്കതുകൊണ്ടാണ് ഇത് കൈവിടാൻ ഇത്ര പ്രയാസം ഏതൊക്കെയോ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരാ ഒരു മഹാത്മാവ് ഈ ഒരു വിഷയത്തില് വളരെ വളരെ എന്താ ഈ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ല അദ്ദേഹം പറയുന്നു ഇപ്പൊ ഒരു ലോകയുദ്ധം വരുന്നു വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ് ഈ വിഷയം ഒരു മൂന്നാം ലോകമഹായുദ്ധം ഒന്ന് നമുക്ക് ഭാവന ചെയ്യാം അങ്ങനെ മൂന്നാം ലോക മഹായുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം ഒന്നൊഴിയാത്ത അങ്ങനെ ഒരു പുതിയ മനുഷ്യൻ പിന്നെ ഈ ഭൂമിയിൽ വരിക ആ വരുന്നവന് ഒരു റേഡിയോ ട്രാൻസിസ്റ്റർ റേഡിയോ കിട്ടി നശിക്കാത്ത ഒരു റേഡിയോ ഉണ്ടായിരുന്നു അപ്പൊ വിചാരിച്ചത് എന്താണിത് അങ്ങനെ ഒരു വംശം അതായത് ഇപ്പം നമ്മൾ റേഡിയോയും റേഡിയോ സ്റ്റേഷനും ഒക്കെ മറന്നേക്കും നമ്മുടെ കയ്യിൽ ഒരു റേഡിയോ കിട്ടിയിരുന്നിരിക്കട്ടെ അപ്പം മൂന്നാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ജനിച്ചിട്ടുള്ള ആളുകളാണ് ആര് നമ്മുടെ ആ റേഡിയോ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ റേഡിയോ സ്റ്റേഷനുമില്ല ഒന്നുമില്ല അങ്ങനെ നമ്മളതിനെ മുഴുവൻ പൊളിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കാലത്ത് ഈ റേഡിയോയിലൂടെ സംഗീതം ശ്രവിച്ചവരായിരുന്നു നമ്മുടെ പൂർവികന്മാരെന്ന് നമുക്കറിയില്ല അറിയാം അറിയാൻ സാധ്യമല്ല എന്ന് പറയാം എന്നാൽ ഈ േഡിയോ എപ്രകാരമാണോ ഇതിനെല്ലാം എന്താ സ്വീകരിച്ചുകൊണ്ട് അതിനെ എന്താ പ്രകാശിപ്പിച്ചത് ഇതുപോലെ ക്ഷേത്രങ്ങൾ ആ ഈശ്വര ചൈതന്യത്തെ സ്വീകരിക്കാനും അതിനെ എന്താ പറയുക ബ്രോഡ്കാസ്റ്റ് പുറത്തുവിടാനും അത് കേട്ടാനന്ദിച്ച ഒരു ജനത ഒരു കാലത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇന്ന് ഇത് നമുക്ക് ലോകം എന്താ യുദ്ധം കഴിഞ്ഞ് കിട്ടിയ ഒരു ഈ നായക്ക് കൊട്ടത്തേങ്ങ കിട്ടിയതുപോലെ എന്ന് പറയില്ലേ അങ്ങനെ ഒരു അവസ്ഥയാണത്ര ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഇതിൽ വളരെ വളരെ ഗംഭീരങ്ങളായിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് ചിലതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും എത്രയോ വർഷങ്ങൾക്ക് അപ്പുറത്തും എത്രയോ വർഷങ്ങൾക്ക് അപ്പുറത്തും പക്ഷെ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ പാശ്ചാത്യരെ കുറിച്ചിപ്പൊ നമുക്ക് രണ്ട് സ്ഥിരമായി കുറ്റം പറയാം പക്ഷെ അതേ സമയത്ത് അവര് എല്ലാവരും മോശം ഇന്ത്യയിൽ വന്നത് ഭാരതത്തെ അധിക്ഷേപിക്കാൻ മാത്രമല്ല നമ്മുടെ മഹത്വവും മറ്റും കണ്ടിട്ടുള്ളവരാണ് അവരാണ് ലോകത്തോട് ആദ്യം തന്നെ പറഞ്ഞത് ഭാരതം എന്ന് പറഞ്ഞ ചെറിയ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല എന്ന് പറഞ്ഞത് കാരണം വിവേകാനന്ദ സ്വാമികള് അമേരിക്കയില് പ്രഭാഷണം നടത്തിയ സമയത്ത് അന്ന് അവിടുന്ന് പറഞ്ഞു അത്ര ഇനി ഇന്ത്യയിലേക്ക് പാതിരിമാരെയൊന്നും അയക്കേണ്ട കാരണം ഇജ്ജാതിയാണ് അവിടെ ഉള്ളത് എങ്കിൽ പോകുന്നത് വെറുതെയാണ് എന്ന് വളരെ തുറന്നു പറഞ്ഞ കാര്യമാണ് അത്രേ കാരണം അവിടേക്ക് വിട്ടിട്ട് കാര്യമില്ല എന്നാ കാരണം ഇത് ഇത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് പുതിയ അറിവാണ് അത് തുറന്നു പറയാനുള്ള ധൈര്യവും സന്മനസ്സും ഒക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ക്ഷേത്രങ്ങളെക്കുറിച്ച് അവർ നടത്തിയ ഗവേഷണത്തില് അവർ കണ്ടെത്തി അവർ കൈമാറ്റം ചെയ്ത അറിവുകളിൽ പ്രധാനപ്പെട്ടത് അവർ പറഞ്ഞിരുന്നത് ക്ഷേത്രങ്ങൾ അങ്ങേയറ്റം വൃത്തികെട്ട കേന്ദ്രങ്ങളാണ് എന്നാണ് അതിന് ക്ഷേത്രങ്ങളിൽ വളരെ ചെറിയ വാതിലുകളായിരുന്നു പിന്നെ ഇരുൾ നിറഞ്ഞ സങ്കേതങ്ങൾ ഇരുളാണ് അവിടെ മുഴുവൻ അതുകൊണ്ട് വൃത്തികേടുകളായിരുന്നു ക്ഷേത്രങ്ങളിൽ അവിടെ നോക്കുന്ന സമയത്ത് എലിയും പാമ്പും എല്ലാം ഉണ്ടാവും പിന്നെ ഇടുങ്ങിയ വഴികൾ പിന്നെ അതിൻ്റെ മതിലിൻ്റെ ഷേപ്പ് തുറസായ വലിയ എന്താ പറയുക വലിയ വാതിലുകളൊന്നും നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് കാണില്ല പിന്നെ വലിയ വലിയ ക്ഷേത്രങ്ങൾ അത് വേറെ എന്നാലും ഈ പുറത്ത് കാണുന്ന വലുതും വലുതും ഒക്കെ കഴിഞ്ഞാൽ ക്ഷേത്രമെന്ന് അവർ പ്രധാനമായി എണ്ണിയ നമ്മുടെ ശ്രീകോവിലും ആ ഗർഭഗൃഹവും അതിനെക്കുറിച്ചാണ് പറയുന്നത് അതെന്താണ് അവിടേക്ക് നോ കണ്ണുപോലും മര്യാദയ്ക്ക് കാണില്ല എന്ന് പറയാം അങ്ങനെയുള്ള വൃത്തികേടിന്റെ കൂമ്പാരങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതിന് വലിയ വിസ്താരമേറിയ വാതിലുകളും വലിയ വലിയ ജനാലകളും ഒരുപാട് വായുവും വെളിച്ചവും കടന്നു പോകാനുള്ള വഴികൾ ഒരുക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലായിരുന്നു നരോട് അപ്പൊ അവർ പറഞ്ഞു ആരാധനാലയം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല വലിയ ഹോളായിരിക്കണം ഇതൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ വന്നിട്ടുള്ളതാണ് വലിയ ഹോളായിരിക്കണം അപ്പൊ ഒരു കാര്യം ലോകത്ത് ഏത് കോണിൽ വസിച്ച ആളുകളും അവരെ ഏതൊക്കെ തരത്തിൽ ഭിന്നരാകട്ടെ അവർ ക്ഷേത്രം നിർമ്മിച്ചവരാ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇങ്ങനെ വേണം തീരാൻ മൃഗങ്ങളും നമ്മളും തമ്മിലുള്ള ഏക ഒരു വ്യത്യാസം ഇതാണ് മൃഗങ്ങൾ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടില്ല നാം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു അത് മോശമായിട്ടുള്ള കാര്യമാണോ സ്വാമി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് തലതിരിഞ്ഞ ഒരുവനിൽ നിന്നല്ല ക്ഷേത്ര സങ്കല്പം ആവിർഭവിച്ചത് അതിൻ്റെ പേരന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ മനുഷ്യ ബോധത്തിൻ്റെ അവബോധത്തിൽ നിന്ന് അതിൻ്റെ ആഴങ്ങളിലാണ് അതിൻ്റെ പേര് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക എന്ന് പറയാം അതിലൊന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ക്ഷേത്രങ്ങളെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞ സമയത്ത് നമുക്കും തോന്നി ഇത് ശരിയായിരിക്കാം എന്ന് പക്ഷെ ഒരു ഭാഗത്തുള്ള ഗവേഷണം എന്തിനാണ് കുംഭാകൃതിയില് ക്ഷേത്ര മതിലുകള് ക്ഷേത്രങ്ങള് ശബ്ദശാസ്ത്രം അന്യം നിന്നതാണ് ക്ഷേത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതെന്ന് ഈ ശബ്ദം എങ്ങനെ കല്ലുകളെ തെരഞ്ഞെടുത്തത് നിങ്ങൾക്കറിയോ അതായത് നമ്മുടെ കോണാർക്ക് സൂര്യക്ഷേത്രം അതായത് ഏതാ സ്റ്റേറ്റ് ഒറീസ അതെ ഞങ്ങളവിടെ പോയിരുന്നു ഒറീസയിൽ ഈ ഇതുണ്ടായ സമയത്ത് അപ്പം അവിടെ ക്ഷേത്രം കാണാൻ സാധിച്ചു ഇന്നതൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ് ആ ഒറീസയിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ചത് പല വിധത്തിലുള്ള കല്ലുകളെ കൊണ്ടാണ് അതിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള കരിങ്കല്ലുണ്ട് ഒരു എന്നാ നമ്മുടെ ഒരു പച്ച ഒരു പച്ച നിറം തോന്നുന്ന മാതിരിയുള്ള കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള കരിങ്കല്ല അതിൽ ചില പ്രത്യേക മൂർത്തികള് സൂര്യൻ്റെ പല ഭാവങ്ങളും അതിൽ എന്താ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ ചില മൂർത്തികളെയൊക്കെ കേരളത്തിലെ ഈ കല്ലുകൊണ്ടാണ് അത് പറഞ്ഞ് തരുന്ന ആള് പറഞ്ഞു തരുകയും ഇത് ഇന്ന ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണ് നിങ്ങക്കറിയാം ഇപ്പോഴും പത്മസ്വാമി ക്ഷേത്രത്തിൽ തബല വായിക്കാൻ പറ്റുന്ന കല്ലുകളുണ്ട് അപ്പം കല്ലുകളിൽ നിന്ന് അതിൻ്റെ പ്രതിധ്വനി ശബ്ദവും ശബ്ദത്തെ പ്രതിധ്വനിപ്പിക്കാൻ പോകുന്ന കല്ലുകൾ അപ്പൊ ഒരു ശബ്ദശാസ്ത്രവും ശബ്ദശാസ്ത്രം അതാണ് മന്ത്രങ്ങൾ ഈ മന്ത്രങ്ങളെ ഒരുവൻ അനുസന്ധാനം മന്ത്രങ്ങളെ മന്ത്രം ഉച്ചജപമായാലും ഏത് വിധത്തിലെങ്കിലും അവൻ ആ ക്ഷേത്രത്തിനകത്തുനിന്ന് ജപിക്കുന്ന സമയത്ത് അത് ഉച്ചരിക്കുന്ന സമയത്ത് ആ മന്ത്രങ്ങൾ എന്താ തിരിച്ച് അവനിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് അതിൽ എന്താ പറയുക പ്രതിധ്വനി അതിൻ്റെ പ്രതിധ്വനി അവൻ്റെ ചിന്തകളെ നശിപ്പിക്കുന്നു എന്നാണ് എന്നിട്ട് ഏകാഗ്രതയെ ഉണ്ടാക്കാൻ സഹായിക്കുന്നു ഏകാഗ്രചിത്തനായി ആ എന്താ സത് വസ്തുവുമായി ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടി പൂർവികന്മാർ ആവിഷ്കരിച്ചതാണ് ക്ഷേത്രം പിന്നെ പറയുന്ന ഒരു ഒരു ഗവേഷണ എന്താ പറയുക ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അതായത് കണ്ടെത്തൽ ഇതിൽ വളരെ ആഴത്തില് മുന്നോട്ട് പോയിട്ടുള്ളവര് കണ്ടെത്തിയിട്ടുള്ളതാ നമ്മളെപ്പോഴാണ് അത്ര അതിഥി മന്ദിരങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഒരുപാട് അതിഥികൾ വരുന്ന സമയത്തില്ലേ അതിഥികൾ സ്ഥിരമായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചെറിയൊരു ഗസ്റ്റ് റൂം ഉണ്ടാക്കും എപ്പോഴോ ഒരിക്കല് ഭഗവാൻ ഇങ്ങനെ വന്നിരുന്നു ായിട്ട് അതായത് ആ ഒരു അതിൽ നിന്നാണത്ര ഇത് അങ്ങനെയൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ അത് സത്യമാണ് സത്യം എന്ന് പറഞ്ഞാൽ നം നമ്മൾ നന്നായിട്ട് എന്താ ധ്യാനിച്ചു കഴിഞ്ഞാൽ തെളിഞ്ഞു കിട്ടും കാരണം നമ്മളൊക്കെ പണ്ട് ജീവിച്ചിരുന്നവരാണ് അപ്പൊ ഈ ആഴങ്ങളില് നമ്മുടെ ആ ബോധത്തിൻ്റെ ആഴങ്ങളില് ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ പുറത്തു വരും അങ്ങനെയാണ് പലരും പലതും കണ്ടെത്തുന്നത് ഇപ്പൊ ക്ഷേത്രങ്ങൾക്ക് ഇങ്ങനെ വലിയൊരു എന്താ സാധ്യതയുണ്ട് അപ്പൊ ക്ഷേത്രത്തിന്റെ നിർമ്മാണം എന്ന് ആലോചിച്ച് നോക്കൂ ആ ക്ഷേത്രത്തിൽ കഴിഞ്ഞിരുന്നവര് ഈ ശബ്ദവും വെളിച്ചവും ഒക്കെ ഇല്ലാത്തടത്ത് കഴിഞ്ഞിരുന്നവര് ആരോഗ്യമില്ലാത്തവരായിരുന്നു അല്ല എന്ന് പറയാം ഏറ്റവും ആരോഗ്യമുള്ളവർ അവിടെയായിരുന്നു എന്ന് പറയാം പക്ഷെ ഇന്ന് ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പം ഇന്നത്തെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താ ക്ഷേത്ര ഏതാരാധനാലയങ്ങളും ഏതും എടുത്തുള്ളൂ ഇപ്പൊ ക്ഷേത്രമാവട്ടെ ചർച്ച ആവട്ടെ മോസ്കാവട്ടെ ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് എന്നാണെങ്കിൽ ലക്ഷ്യം ഒന്ന് പിന്നെ ക്ഷേത്രങ്ങളെ പോലെയായിരിക്കില്ല പള്ളികൾ പള്ളി പോലെയായിരിക്കില്ല ക്രിസ്ത്യൻ പള്ളി പോലെയല്ല മുസ്ലിം പള്ളി എന്ന് പറയാം കേരളത്തിൽ ചിലതിനൊക്കെ ഒരു സാമ്യമുണ്ട് അതിൻ്റെ നിർമ്മാണത്തിൽ അപ്പം എല്ലാവരും തന്നെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചവരാണ് എല്ലാവരും ലോകത്ത് ഏത് കോണിൽ വസിച്ചവരും ഏത് കാലഘട്ടത്തിലുള്ളവരും ഇതൊക്കെ വളരെ ആലോചിക്കുമ്പം വളരെ രസമാണ് ഒരു കാലത്ത് ഈ ജനതയും ആ ജനതയുമായി ഒരു എന്താ ആശയവിനിമയം നടക്കാത്ത കാലത്ത് ആ കാലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതൊന്ന് ആലോചിച്ച് നോക്കണം ശരിക്കും ആലോചിക്കണം കാരണം ഇന്ന് എനിക്ക് അമേരിക്കയിലെ ഒരാളുമായിട്ട് സംവദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഇന്ന് പക്ഷേ ആയിരം കൊല്ലങ്ങൾക്ക് മുൻപ് അങ്ങനെയായിരുന്നില്ല ആയിരം എന്തിനാ ഒരു നൂറ് വർഷം മുൻപ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് വർഷം മുൻപ് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇന്നും വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ ഈ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് നിലനിന്ന ക്ഷേത്രങ്ങൾ ഇതുപോലെ ആരാധനാലയങ്ങൾ ലോകത്തിൻ്റെ എല്ലാ മുക്കും മൂലയിലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ എല്ലാ ജനതയും മനുഷ്യൻ ഏതൊക്കെ കോണിൽ വസിച്ചുവോ അവൻ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്രം എന്ന് ആരാധനാലയം അത് വളരെ ആലോചിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് സ്വാമി ക്ഷേത്രത്തിനെതിരൊന്നുമല്ല പലപ്പോഴും പലരും അങ്ങനെ പറഞ്ഞിരിക്കുന്നു നമ്മളിതിനെക്കുറിച്ച് കുറെ എന്താ പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഇനി ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നു ഇവിടെ അർജുനൻ പറഞ്ഞതിന് ഭഗവാൻ ഉത്തരം പറയാൻ പോകുന്നുണ്ട് ഈ ക്ഷേത്ര വിശ്വാസികൾ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആരാധന ഇത്യാദികളൊക്കെ നടത്തുന്നവർ ഹിന്ദുക്കൾ മാത്രമാണെന്നാ പക്ഷേ ഈ ഹിന്ദുക്കളായ ജന്തുക്കൾക്കായി ഇത് ശരിക്കും അറിയാത്തത് ബാക്കി എല്ലാവർക്കും നന്നായിട്ട് അറിയാം കാര്യം ഇപ്പൊ ക്ഷേത്രങ്ങളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇതൊരു നല്ല താക്കോലായിരുന്നു ഈ താക്കോൽ ഉപയോഗിച്ച് ആരൊക്കെയോ ഏതൊക്കെയോ കാലത്ത് ഈ പൂട്ട് തുറന്നിട്ടുണ്ട് ഏത് പൂട്ട് ഭഗവാൻ എന്ന പൂട്ട് അതിനുവേണ്ടി ആ ശ്രദ്ധ അത്രയും ആ മനസ്സും എന്താ അവിടുന്ന് എല്ലാം ആവിർഭവിച്ചത് ആലോചിച്ച് നോക്കൂ നൂറ് എഴുപത് വർഷങ്ങൾക്ക് മുൻപ് എഴുപത് അതെ എഴുപതോ എഴുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുൻപ് ബനാറസിൽ വിശുദ്ധാനന്ദ എന്ന പേരിൽ ഒരു മുനി മുനിയായിട്ടുള്ള ഒരാൾ താമസിച്ച് ഉണ്ടായിരുന്നു എന്നാ അദ്ദേഹം ചില ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിച്ച് ആളെ കൊല്ലം െന്ന് പറഞ്ഞു ആളുകളെ കൊല്ലാമത്രേ ചില ശബ്ദങ്ങളെ കൊണ്ട് അപ്പൊ ഇത് ഗവേഷണത്തിന് വെച്ചു യൂറോപ്യൻ ശാസ്ത്രകാരന്മാർ അവർ രണ്ടു മൂന്ന് പേര് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു എന്താ കുരുവിയെ ഒരു കിളിയെ ആയിട്ടാണ് ചെന്നത് ഈ കിളിയെ പരീക്ഷണത്തിന് വിധേയമാക്കി അദ്ദേഹം അതിനെ നിശ്ചലമാക്കി എന്ന നിശ്ചലമാക്കിയ സമയത്ത് അവർ ഡോക്ടർമാരൊക്കെ ഇത് എഴുതിയിട്ട് ഇത് എന്താ പറയുക ഇത് റിസർച്ച് ചെയ്തിട്ടുള്ളതാ ചിലപ്പോൾ നമുക്ക് അന്ധവിശ്വാസമാന്നൊക്കെ തോന്നും ഇത് അന്ധവിശ്വാസത്തിൻ്റെ പ്രശ്നം ഇതിലില്ല എന്ന് പറയാം അപ്പൊ അവർ റിസർച്ച് അവർ അതിനെ പരിശോധിച്ച സമയത്ത് അത് നിശ്ചലമായി അതിൻ്റെ ബ്ലഡൊക്കെ കട്ടിയായിട്ട് അതിങ്ങനെ എന്താ പറയുക ഏത് സമയം വേണമെങ്കിലും അത് ജീവൻ പോകാങ്ങാം പിന്നെ അദ്ദേഹം വിരുദ്ധമായ മറ്റു ചില ശബ്ദങ്ങളെ ഉരുവിട്ടുകൊണ്ട് അതിനെ പഴയ ഭാവത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഇത് നിരീക്ഷിച്ചിട്ടുള്ളതാണ് ഇന്ന് ഈ അടുത്താണ് നമ്മുടെ വൈദ്യശാസ്ത്രം എന്താ ഈ ശബ്ദതരംഗങ്ങളെക്കുറിച്ചല്ല നമ്മുടെ ഈ ലൈറ്റിനെക്കുറിച്ച് ഇല്ലേ പല അൾട്രാവയലറ്റ് രശ്മികളെക്കുറിച്ച് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഇല്ലേ പല വിധത്തിലുള്ള ശബ്ദതരംഗങ്ങളെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ച് പലതിനെയും കരിക്കാനും പലതിനെയും ഇല്ലാതെയാക്കാനും മറ്റും നമ്മളിപ്പം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ശബ്ദത്തിലാണ് ഋഷി ഇത് നടത്തിയിട്ടുള്ളത് കണ്ട് ശബ്ദം അങ്ങേയറ്റം സ്വാധീനമുള്ള ഒന്നാണ് അത്ര ശബ്ദവും ഈ ക്ഷേത്രവും ഇത്തരത്തിലുള്ള ശബ്ദങ്ങളെ നിലനിർത്താനും മറ്റുമാണത്രേ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം ഇത്തരത്തിലാക്കിയത് ഒരു മണിയുടെ ഒരു മണിയുടെ ഷെയ്പ്പ് കണ്ടിട്ടില്ലേ ആ മണി അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നിങ്ങനെ ആ ശബ്ദം ഇങ്ങനെ ആ എന്താ പറയുക പ്രതിധ്വനി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് അതിൻ്റെ ആ ഷേപ്പ് കാരണമാണ് ഇതൊക്കെ നമുക്കിന്ന് അന്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് എന്താ പറയുക മന്ത്രങ്ങൾ ചില മന്ത്രങ്ങൾ ആവർത്തിച്ച് ജപിച്ച് സിദ്ധി വരുത്തുക എന്നൊക്കെയുള്ളത് ഇതിൻ്റെ ഭാഗമാണ് പക്ഷേ ഇന്നത് കേവലം ഒരു മക മകൾക്ക് ഒരു മരുമകനെ കിട്ടാൻ വേണ്ടിയും അല്ലെങ്കിൽ അവ പഠിക്കാത്ത മൂരാച്ചി എങ്ങനെങ്കിലും പാസാവാൻ വേണ്ടിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജോലിയുടെ ട്രാൻസ്ഫറിന് വേണ്ടിയും ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഇതിനെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ ഇത് അതുമായിട്ട് ഒരു ഒരു പോലെ എന്ന് പറയാം പണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ സാക്ഷാത്കാരമായിരുന്നു അവരുടെ ലക്ഷ്യം അപ്പൊ സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരുവൻ ഇവിടെ ഭഗവാൻ പറയുന്നത് സഗുണ ആരാധന എന്നുള്ളതിൽ ഈ ലോകത്ത് പൂജിക്കാൻ പറ്റാത്തതായി യോഗ്യമല്ലാത്തതായി യാതൊന്നും തന്നെ ഇല്ല അത് കല്ലോ മണ്ണോ മരോ എന്ത് വേണമെങ്കിലാവാം നിങ്ങൾക്ക് കുറച്ച് ജലം ഒരു കുപ്പിയിലാക്കി അത് ഇനി കുപ്പിയിൽ ജലമില്ലേ വേണ്ട അടച്ചു വെച്ചേക്ക് വെറുതെ ഒരു കുപ്പി അതിനകത്ത് ആകാശമാണ് അതായാലും മതി കുറച്ച് മണ്ണ് മതി ഭൂമി ഏതും ആരാധനയ്ക്ക് യോഗ്യമാണ് എന്തുകൊണ്ട് ഇതം സർവം ഈശാവാസ്യം അപ്പൊ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഏതെങ്കിലും ഒരു ഭാവത്തിൽ അത് അഗ്നിയെ സങ്കൽപ്പിച്ചോ അല്ലെങ്കിൽ അതൊരു മരത്തിൻ്റെ എന്താ ഒരു വിഗ്രഹ എന്തെങ്കിലും ഒരു കൊത്തുപണിയുള്ളതോ എന്തെങ്കിലും ആവട്ടെ പക്ഷേ അതിൽ ഭഗവാൻ ഇവിടെ പറയുന്ന ഒരു ഒറ്റ കാര്യമുണ്ട് സ്വാമി ഇത്ര നേരം പറഞ്ഞത് അതിനുവേണ്ടിയിട്ട് എന്താണ് ശ്രദ്ധയാ പരയാ ശ്രദ്ധയ ഭഗവാൻ അർജുനോട് പറയുന്നത് അതാണ് അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടിയിട്ട് അപ്പൊ ഈ ശ്രദ്ധ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ പലപ്പോഴും നമ്മുടെ കുറച്ച് ഈ ആളുകളുണ്ട് എന്താ യുക്തിവാദികൾ എന്ന് പറയുന്നു അപ്പൊ യുക്തി എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഇപ്പം പറയുന്ന യുക്തിവാദികൾ പറയുന്നത് കണ്ടതിനെ മാത്രമേ വിശ്വസിക്കൂ എന്നാണ് കണ്ടതിനെ മാത്രം വിശ്വസിക്കുന്നതിനെയാണ് അവരെന്ത് പറയുക യുക്തി എന്ന് പറയുക ചാര്യ പറയുന്നത് കണ്ടതിനെ വിശ്വസിക്കാൻ യുക്തിയൊന്നും വേണ്ട ബുദ്ധിമതി കണ്ടതിലൂടെ കാണാത്തതിനെ അറിയാനുള്ളതിനെയാണ് ഋഷി യുക്തി എന്ന് പറഞ്ഞത് കണ്ടതിലൂടെ കാണാത്ത ഈ കണ്ടതിന് മുഴുവൻ അധിഷ്ഠാനമായി കാരണമായി വർത്തിക്കുന്ന ആ ശക്തി വിശേഷത്തെ ആ ചൈതന്യത്തെ കാണാനുള്ള പ്രയത്നത്തെ ആ സമീപനത്തെയാണ് നമ്മൾ യുക്തി എന്ന് പറയാം ഈ യുക്തി എന്ന് പറയുമ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് കണ്ടതിനെ വിശ്വസിക്കാൻ ഈ യുക്തിയുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാം കണ്ടതിലൂടെ കാണാത്തതിലേക്കുള്ള ഒരു പോക്കുണ്ട് അതുകൊണ്ട് സ്വാമിജി പറയും ഞാൻ യുക്തിവാദിയാണെന്നാണ് സ്വാമിജി പറഞ്ഞിട്ടുള്ളത് കാരണം എൻ്റെ യുക്തിയെ സമർത്ഥമായി മറ്റൊരുവന് ബോധിപ്പിക്കാൻ പോകുന്ന യുക്തിവാദി അതുകൊണ്ട് ഞാൻ യുക്തിവാദിയാ അപ്പൊ യുക്തി എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഇപ്പം പറയുന്ന യുക്തിവാദികൾ പറയുന്നത് കണ്ടതിനെ മാത്രമേ വിശ്വസിക്കൂ എന്നാണ് കണ്ടതിനെ മാത്രം വിശ്വസിക്കുന്നതിനെയാണ് അവരെന്തു പറയുക യുക്തി എന്ന് പറയുക ആചാര്യ പറയുന്നത് കണ്ടതിനെ വിശ്വസിക്കാൻ യുക്തിയൊന്നും വേണ്ട ബുദ്ധിമതി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 നമുക്ക് അതിലെത്ര ശ്രദ്ധയുണ്ട് നാം സ്വീകരിച്ചിരിക്കുന്ന ഈശ്വരനായി അല്ലെങ്കിൽ ആ സത്യത്തെ അറിയാൻ വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന അതിൽ നമുക്കെത്ര ശ്രദ്ധയുണ്ട് വീട്ടിൽ പോയി നോക്കുക ഇപ്പൊ നമ്മുടെ പൂജാമുറിയുടെ അവസ്ഥ എന്താകും നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പന്റെ ഫോട്ടോ ഒന്ന് കൈ കൊണ്ട് ഒന്ന് എന്നിട്ട് കൈ നോക്കി നോക്കും അങ്ങനെ അല്ലേ ിലൊക്കെ കാണാറുണ്ട് ഈ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നോർത്തിൽ മാത്രമല്ല ഇവിടെയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ ഈ വെണ്ണയൊക്കെ അവിടുന്ന് തിരുവേനി പ്രസാദായിട്ട് തന്നു കഴിഞ്ഞാൽ ആ വെണ്ണ അങ്ങനെ തന്നെ കുറച്ച് വെണ്ണ ഇങ്ങോട്ട് എടുത്തിട്ട് അവിടെ ഏതെങ്കിലും ഒരു ഭഗവാന്റെ ഇതുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും നമുക്ക് എന്ത് വിവരമുള്ളത് സത്യം പറഞ്ഞ എന്നിട്ട് അവിടെ ഈ ഉറുമ്പും ഈച്ചയൊക്കെ ആർത്ത് വൃത്തികേടാവാൻ വേണ്ടി അങ്ങനെ നോക്കുമ്പോഴേ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് വൃത്തികേടിൻ്റെ കേന്ദ്രങ്ങളൊക്കെ ആവുന്നു അല്ലാതെ അതിന് വൃത്തികേടൊന്നുമില്ല അപ്പൊ നമ്മൾ വിചാരിത ഇതിലൂടെ ഇങ്ങോട്ടേക്ക് ഭഗവാൻ അതങ്ങോട്ട് എടുത്തു എന്നാണ് അതുകൊണ്ട് ആ ഗണപതി പാൽ ഓടിച്ചു എന്ന് പറഞ്ഞപ്പോടനെ നമ്മളും പാൽപ്പാത്രമായിട്ട് ഓടിയിട്ട് കൊടുക്കാൻ ഒരു ശ്രമം നടത്തിയത് അതുകൊണ്ട് ശ്രദ്ധയാ എന്ന് പറയുമ്പം ഇതിലൂടെ ഞാൻ ആ സത്യം കണ്ടെത്താൻ എന്താ പറയുക ഇതാണ് എനിക്ക് അത് ആ സത്യം കണ്ടെത്താനുള്ള എന്താ പറയുക ഒരു ഉപാധി ഞാൻ തിരഞ്ഞെടുത്തത് അതിലെനിക്ക് എത്ര ശ്രദ്ധയുണ്ട് അപ്പൊ ഈ ശ്രദ്ധ കുറയുന്നതാണ് ഉപാധികൾ ഇങ്ങനെ കൂടുന്നത് അവിടുന്ന് അത് കിട്ടി അത് മേടിച്ചു വെച്ചു ഇവിടുന്ന് അത് കിട്ടി അത് മേടിച്ചു വെച്ചു അവിടുന്ന് അത് കിട്ടി അത് മേടിച്ചു വെച്ചു ഇങ്ങനെ നമ്മുടെ മുറിക്കകത്ത് എത്രയാ എന്ന് ചോദിച്ചാൽ ഒരു കണക്കില്ല ചാർത്തിയെ മാലയെടുത്ത് കൊട്ടയിലിടാൻ മടിയാണ് അല്ലേ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഈ വിഷയത്തിൽ നമുക്ക് എന്താ സംശയമുണ്ട് ഇവിടെ ശ്രദ്ധ എന്ന് പറയുമ്പം നമ്മളത് നല്ല വൃത്തിയിലാണോ സൂക്ഷിക്കുന്നത് ദിവസവും അടിച്ചു തുടച്ച് വൃത്തിയാക്കി വയ്ക്കുന്നുണ്ടോ ഉണ്ടോ ചെയ്യാറുണ്ടോ ഇല്ല അല്ലേ ഉണ്ട് ആവും സമാധാനം സ്വാമി പറഞ്ഞതിന് ശേഷം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സ്വാമി അല്ലെ ചിലതൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫ്രെയിമൊക്കെ ഇളകിപ്പോവും മറ്റേ അതിലെ പടമൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അല്ലെങ്കിൽ അത് കുറെ പുഴുവരിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നാ എന്താ ചെയ്യ അത് കളയാൻ പേടിയാണ് അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ അഗ്നിയെ സ്വാഹ എന്ന് പറഞ്ഞ് അഗ്നിയിൽ ഇട്ടോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ വെച്ചാൽ അപമാനിക്കരുത് എന്നിട്ട് പുതിയതൊരെണ്ണം എല്ലാം പ്രപഞ്ചത്തിലെല്ലാം എന്താ ക്ഷയിച്ചുകൊണ്ടിരിക്കുക ഒരു പ്രകാരത്തില് മാറ്റത്തിന് വിധേയമാണ് അതുകൊണ്ട് ഇത് മാറി വേറൊന്ന് വയ്ക്കുക ശ്രദ്ധ ഇതിൽ അത്യാവശ്യമായിട്ടുള്ള ഒന്നാന്ന് പറയാ ശ്രദ്ധയാ ഉപേതാഹ ഇപ്പൊ ലോകത്തില് രണ്ട് വിധത്തിലുള്ള ആരാധനാ സമ്പ്രദായം ഒന്ന് സഗുണം ഒന്ന് നിർഗുണം സഗുണ ആരാധകരാണ് ലോകത്തിലെ എല്ലാവരും തന്നെ എല്ലാവരും പക്ഷെ നമ്മുടെ ഒരു ധാരണ ഇസ്ലാം സമ്പ്രദായത്തില് സഗുണ ആരാധന ഇല്ല എന്നാണ് കാരണം അവർക്കൊരു മോസ്ക് ഉണ്ട് എന്നുള്ളത് തന്നെ സഗുണാരാധനയാണ് ഒന്ന് പിന്നെയോ അവരെങ്ങോട്ടെങ്കിലും നോക്കി നിസ്കരിക്കോ അതില്ല അതുകൊണ്ട് അവർ കപ്പലിലോ അവിടെ ഇവിടെ ഒക്കെ പോകുന്ന സമയത്ത് പ്രത്യേകം ഒരു റൂമുണ്ട് പ്രയർ റൂമ് അവർക്കല്ല ആർക്കും പക്ഷെ അവര് നോക്കും വടക്ക് നോക്കിയ യന്ത്രം അതിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു എവിടെയാണ് വടക്ക് എന്നറിയാൻ എന്നിട്ട് അവർ കിഴക്കോട്ടോ തെക്കോട്ടോ കൃത്യസ്ഥ ഏതാ ദിശാന്ന് സ്വാമിക്ക് അറിയില്ല എന്തായാലും അവരാ ദിശയെ ദിക്കിനെ അവലംബമാക്കിയിട്ട് ദിക്കിനെ വിഗ്രഹമാക്കിയിട്ട് ദിക്ക് ഇസ്ലാം സമ്പ്രദായത്തിൽ അത് വിഗ്രഹമാണ് എന്ന് പറയാം വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ തത്വത്തെ ഗ്രഹിപ്പിക്കാൻ പോന്നത് ഏതൊരു തത്വമാണോ നന്നായി നമ്മെ ബോധിപ്പിച്ച് തരുന്നത് ആ ഉപാധി ഏതൊന്നിലൂടെയാണ് ആ തത്വം നമുക്ക് ബോധ്യമാവുന്നത് അതിനെ വിഗ്രഹം ഇത്രയുള്ളൂ അല്ലാതെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ വെറും ശില അല്ലെങ്കിൽ ലോഹം അങ്ങനെയല്ല നമ്മളെ സംബന്ധിച്ച് വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ലോഹമാണ് അല്ലെങ്കിൽ ശിലയാണ് അല്ലെങ്കിൽ പഞ്ചലോഹം അങ്ങനെ സ്വർണ്ണമായിരിക്കാം വെള്ളിയായിരിക്കാം എന്തെങ്കിലും ആയിരിക്കാം എന്ന് പറയുക വിഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാവുന്നില്ല ഈ ദിക്ക് വിഗ്രഹമാണ് അപ്പൊ ഇസ്ലാം സമ്പ്രദായത്തിൽ വിഗ്രഹാരാധന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മാത്രമല്ല ഒരു ചന്ദ്രകല അവരെ സംബന്ധിച്ച് ഒരു സിമ്പലാണോ അതിലൊരു എഴുന്നൂറ്റി എൺപത്താറ് എന്ന് വന്നു കഴിഞ്ഞാൽ അതും ഒരു എന്താണ് എഴുന്നൂറ്റി എൺപത്താറ് മുഹമ്മദ് കേട്ടത് ശരിയാണെങ്കിൽ മുഹമ്മദ് നബി ഹജ്ജ് ചെയ്ത ഹിജറ വർഷമാണ് അത്രയത് എഴുന്നൂറ്റി എൺപത്താറ് അപ്പൊ അത് അവരെന്ത് ചെയ്തിരിക്കുന്നു അതിനെ ഒരു വിഗ്രഹം പോലെ അല്ലെങ്കിൽ അത് അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ ഈ ചില ബസ്സിലൊക്കെ കാണാമല്ലോ മൂന്നും വെക്കുമ്പോ ഒരാൾ ചന്ദ്രക്കലയും വെക്കും ഒരു എഴുന്നൂറ്റി എൺപത്തി ആറ് വെക്കും നടക്കൊരു ഉണ്ടാവും ഇപ്പുറത്ത് ക്രിസ്തു ഉണ്ടാവും ഇത് ഇത് ഇങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ എന്തായി മതസൗഹാർദ്ദമായി ഞങ്ങൾക്ക് ആരോടും ഒരു പ്രത്യേകതയില്ല അല്ലെ അപ്പൊ ആരാണ് ബസിന്റെ ഉടമസ്ഥൻ ഏത് മതസ്ഥനാണ് എന്നറിയാൻ നിങ്ങൾ സെന്ററിൽ ഇരിക്കുന്നത് ആരാ നോക്കിയാൽ വളരെ എളുപ്പ കാര്യം അവരായിരിക്കും അതിൻ്റെ ഉടമസ്ഥന്മാർ നടുക്ക് ഗണപതിയാണെങ്കിൽ വാഹനം ഇന്ദുവിൻ്റെയാ നടുക്ക് ക്രിസ്തു ആണെങ്കിൽ വാഹനം ഇന്നാളുടെയാണ് നടുക്ക് ചന്ദ്രകലയാണെങ്കിൽ വാഹനം ഇന്നാളുടെയവർ അവരുടെ വിചാരിച്ച് യാളെ പറ്റിക്കുന്ന ഏർപ്പാടായി ഒക്കെയാണ് അപ്പൊ നമ്മുടെ നാം ആരോപിക്കുകയാണ് അതിന് നമുക്ക് ഈ ലോകത്തിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം ഏതിനെ വേണമെങ്കിലും പക്ഷേ അതിലൊറ്റ കാര്യമാണ് ഇവിടെ പറയുന്ന ശ്രദ് പരയാ ശ്രദ്ധയാ ഉപേതാ എത്ര ശ്രദ്ധയുണ്ട് എന്നാണ് അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടുകഴിഞ്ഞാൽ അതിൽ എത്ര ശ്രദ്ധയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിലെ പൂജാമുറി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിളക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതാരെയും തൊടിയിക്കില്ല ജോലിക്കാരൊന്നും അത് ചെയ്യാൻ പാടില്ല എന്ന് ഇവര് പറഞ്ഞിരിക്കുന്നത് ചിലര് ചില വലിയൊരു ഇതുപോലെയാണ് പറയുന്നത് സ്വാമി ഞങ്ങളുടെ പൂജാമുറിയിൽ ഞങ്ങൾ ജോലിക്കാരിയെ കേറ്റില്ല പുറത്തുനിന്ന് ഒരൊറ്റയാളും ഞങ്ങൾ കേട്ടില്ല പിന്നെയോ ഞങ്ങളും കയറില്ല അതുകൊണ്ട് അവിടെ ഒരാളും കയറില്ല അങ്ങനെ ഇരിക്കും പിന്നെ അദ്ദേഹത്തിനും കയറാൻ പറ്റില്ല എന്ന് പറയാ ഒരു കാരണവശാൽ അതുകൊണ്ട് എന്തെങ്കിലും ഒന്നെങ്കിലും ഒന്ന് ഒരു ചെറിയ വിളക്കെങ്കിലും ചെറിയ വിളക്ക് അതൊന്ന് വൃത്തിയായിരിക്കട്ടെ എന്ന് പറയാം ഇത് പപ്പടം കാച്ചുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് ഇതൊന്ന് അങ്ങോട്ടും എടുക്കും അതൊന്നും ഇങ്ങോട്ടും എടുക്കും ഇല്ലേ കടുക് പൊട്ടുന്ന സമയത്ത് അയ്യോ വൈകിട്ട് കത്തിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് കോരിയും കണ്ടെടുക്കും എന്നിട്ട് വരെ എല്ലാം ബ്രഹ്മമല്ലേ ഇന്ന് ഇപ്പൊ കേട്ട് കഴിഞ്ഞതിന് ഒക്കെ പ്രശ്നമാണ് എല്ലാം ്രഹ്മം ശ്രദ്ധ വളരെ എന്താ ആവശ്യമായിട്ടുള്ള ചിലരെ ചിലരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില അമ്മമാർ അവർക്ക് ആ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു മൂന്നര മണി നാലും മൂന്നര മണിയൊക്കെ ആവുമ്പോൾ അവർക്ക് ഈ വൈകിട്ട് വിളക്ക് കത്തിക്കാനും മറ്റും ചെയ്യാനുള്ള ആ വിളക്ക് വിളക്കെടുത്ത് തുടക്കുക അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവർക്ക് വലിയൊരു ഉത്സാഹമാണ് അവർക്ക് അവരുടെ ഒരു വലിയൊരു ജോലിയാണ് അത് വളരെ സന്തോഷത്തോടുകൂടി അവരത് നന്നായിട്ട് ചെയ്യും അത് രാവിലെ അത് അതൊക്കെ ചെയ്യുന്നതിലും ഓരോരോ പൂ വയ്ക്കുന്നതിലും ഒക്കെ അതിൽ അതിൻ്റെ ഒരു തൃപ്തി സന്തോഷമൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് ചിലത് അങ്ങനെയല്ല വീടുണ്ടാക്കുന്ന സമയത്ത് വലിയൊരു പൂജാമുറിയൊക്കെ ഉണ്ടാക്കും എന്നിട്ട് വലിയൊരു ഏറ്റവും വലിയ വിളക്ക് തന്നെ വയ്ക്കും പിന്നെ കിട്ടാവുന്ന വലിയ ഫോട്ടോ ഒക്കെ വെച്ചു ആ അന്ന് വെച്ച് തന്നെ പിന്നെ ഒന്നുമില്ല പിന്നെ പേരിന് ചിലർ പൂജാമുറിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കാല് വെച്ചിട്ട് അതിങ്ങനെ കത്തിച്ചിട്ടിങ്ങിട്ട് ഇറങ്ങും ഇരിക്കാനൊന്നും പറ്റില്ല അവിടെ ശ്രദ്ധ ഈ വിഷയത്തിൽ നമുക്ക് നന്നായിട്ട് വേണ്ടതാ സഗുണ ആരാധനയിൽ ഈ ശ്രദ്ധ ഈ ശ്രദ്ധക്കുറവിനെയാണ് സ്വാമി വിമർശിച്ചിട്ടുള്ളത് ഈ സങ്കല്പത്തെ അല്ല എന്ന് പറയാം അതിനെ വിമർശിക്കാൻ നമ്മൾ ആരുമല്ലായിട്ടില്ലേ അതിനൊന്നും ഇവിടെ ആരും കുറേ പേര് നമുക്ക് മുമ്പ് ശ്രമം നടത്തിയിട്ടുള്ളവരാ അവരൊക്കെ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അത് സാധ്യമല്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് പരയാ ശ്രദ്ധയാ ഉപേതാഹ ഏ മാം ഉപാസതേ ആരാണോ എന്നെ ഉപാസിക്കുന്നത് തേ യുക്തമാഹ മേ അവർ യോഗ്യന്മാരാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈശ്വരനെ ഏതെങ്കിലും ഭാവത്തില് ആരാധിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അങ്ങേയറ്റത്തെ ശരിയാണ് എന്നാണ് വേണ്ടത് ശ്രദ്ധ എന്നത് ഇനി ഈ ശ്രദ്ധ എങ്ങനെ ഉണ്ടാകും എന്നാണ് ചോദ്യം സ്വാമി ആ ശ്രദ്ധയ്ക്കുള്ള മരുന്നു പറഞ്ഞു തരും ശ്രദ്ധ സ്നേഹത്തിൽ നിന്നാണ് അത്ര ഉണ്ടാകും പരമമായ സ്നേഹം അപ്പൊ ശ്രദ്ധ ഉണ്ടായാലോ ശ്രദ്ധയുണ്ടായാൽ സ്നേഹം ഉണ്ടായാൽ ശ്രദ്ധയുണ്ടാവും ശ്രദ്ധ ഉണ്ടായാൽ അന്വേഷണം ഉണ്ടാവും വിനോബാജി ഇതിൽ പറയുന്നത് അമ്മയ്ക്ക് കുട്ടിയോടുള്ള സമീപനം ചെറിയ കുട്ടിയോടുള്ള സമീപനം ഇതോർത്ത് വെച്ചാൽ മതി അദ്ദേഹം ഉദാഹരിക്കുന്നത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മ ഉമ്മറത്ത് കുട്ടിയെ ഇരുത്തുന്നത് ഉമ്മറത്ത് കുട്ടിയെ കളിക്കാനാക്കിയിട്ട് അകത്ത അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അമ്മയുടെ കാതെപ്പോഴും കുട്ടിയുടെ കളിയിലും അല്ലെങ്കിലും അതിൽ ആ അമ്മയ്ക്ക് കുട്ടിയോട് തോന്നുന്നത് എന്താണെന്ന് എന്താ തോന്നുക ശ്രദ്ധ അല്ലേ ആരെങ്കിലും പറയുമല്ലോ ചെറിയ കുട്ടികൾ വേറെ കുട്ടികളുണ്ടെങ്കിൽ അവിടെ മോനെ കുഞ്ഞുമാവയെ ശ്രദ്ധിക്കണമെന്ന് അല്ലേ നമ്മൾ പ്രയോഗിക്കുന്ന വാക്ക് തന്നെ അതല്ലേ എന്തുകൊണ്ടാണ് ആ കുട്ടിയിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ആ കുട്ടിയോട് അങ്ങേയറ്റത്തെ സ്നേഹം ഉണ്ടായിരുന്നു അപ്പൊ ഈശ്വരനോട് സ്നേഹം ഉണ്ടാവും ഈശ്വരനോട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതിനെക്കുറിച്ചൊക്കെ നന്നായി അറിയണം ഇത് ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത് കിട്ടാത്ത എന്തൊക്കെയോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പിന്നെ എങ്ങനെയാ ശ്രദ്ധ ആലോചിക്കേണ്ടതാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഈശ്വരൻ കടന്നു വന്ന വഴി ഏത് ഈശ്വരനോടുള്ള അഗാധമായ പ്രേമത്തിൽ നിന്നാണോ അഗാധമായ ആ സ്നേഹത്തിൽ നിന്നാണോ അല്ല പിന്നെയോ ചില പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഞാൻ കുറേ ശ്രമം നടത്തി നോക്കി പക്ഷേ ആ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ട സമയത്ത് ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കും ഉണ്ടായതാണ് ഞാനന്ന് ഇങ്ങനെയാണ് ഈ പ്രശ്നത്തെ തീർത്തത് എന്നാ ശരി ഒന്ന് പരീക്ഷിച്ചേക്കാം അല്ലേ അപ്പൊ അങ്ങനെയാണ് പലപ്പോഴും പല പ്രകാരത്തിൽ നമ്മുടെ എന്താ ഇതിൽ വന്നത് നല്ലത് സ്വാമി മോശം എന്നല്ല പറയുന്നത് ഏതെങ്കിലും പ്രകാരത്തിൽ അത് വരാലോ ജമീന്ദാരുടെ പറമ്പിൽ കള്ളം കയറിയതറിയാലോ നാളികേറിട്ടതും പിടിച്ചതും ഇല്ലേ ആ അങ്ങനെ ഏതെങ്കിലും പ്രകാരത്തിലായാൽ മതി ഏതായാലും ഈ വഴിയിൽ കടന്നു വന്നു കഴിഞ്ഞാലോ അത് നല്ലൊരു ഉറപ്പുണ്ടാവുമെന്ന് പറയാം മറ്റെടുത്ത് എന്താണെന്നറിയോ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷണത്തില് വിജയിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അതിനെ ഉപേക്ഷിക്കും എന്നിട്ട് അടുത്തത് നോക്കും അതുകൊണ്ടാ പലരും ഈശ്വരനെ പല ഈശ്വരന്മാരെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കുന്നത് അതുപോലെ അവർ ആശ്രമങ്ങളും പരീക്ഷിക്കും അവർ സ്വാമിമാരെ അവർ പരീക്ഷിക്കും കുറച്ചു കാലം ഈ സ്വാമിയുടെ കൂടെ കുറച്ചു കാലം വേറൊരു സ്വാമിയുടെ കൂടെ വേറൊരു സ്വാമി എന്ന് പറഞ്ഞാൽ വേറെ ഓരോ സമ്പ്രദായത്തിൽ അങ്ങനെ പോവും ശ്രദ്ധ ഇവിടെ കുറവാണിതൊക്കെ അതുകൊണ്ട് ശ്രദ്ധ എന്നുള്ളത് സ്നേഹത്തിൽ നിന്ന് വരുന്നു ആ സ്നേഹത്തിൽ നിന്ന് ശ്രദ്ധ ഉണ്ടായാൽ പിന്നെ അന്വേഷണം ഉണ്ടായില്ല അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളോട് എപ്പോഴും കുട്ടികളുടെ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത് അവൻ ഉറങ്ങിയോ അവൻ എന്ത് ചെയ്യാണ് സദാസമയം അങ്ങനെയാണ് ഈശ്വര അന്വേഷകന്മാരുണ്ടാവുന്നത് അതുകൊണ്ടാണ് ഭാരതത്തിൽ ഋഷി അല്ലെങ്കിൽ ഉപനിഷത്ത് ആചാര്യന്മാർ നമ്മളോട് പറയുന്നത് ഈശ്വര അന്വേഷകനാണാകേണ്ടത് എന്നാ അല്ലാതെ ഈശ്വര വിശ്വാസിയല്ല ഈശ്വര വിശ്വാസി എന്ന് പറഞ്ഞ ആരാ അവനെ അന്തമായി വിശ്വസിക്കണം എവിടെയോ ആരോ ഉണ്ട് എന്ന് ഈശ്വര വിശ്വാസിയിൽ ഒരിക്കലും അന്വേഷണം ഇല്ല അവനങ്ങനെ വിശ്വസിക്കും നമ്മൾ നമ്മുടെ കൈവിരൽ അന്വേഷിക്കാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക് അഞ്ചെണ്ണുണ്ടോ അഞ്ചെണ്ണുണ്ടോ ഇല്ല അതിൻ്റെ ആവശ്യമില്ല അത് ഉണ്ട് നമുക്കൊരു ഒരു ഉറപ്പുണ്ട് അതുകൊണ്ട് അന്വേഷകൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അവൻ നിരന്തരം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ അങ്ങേയറ്റത്ത സ്നേഹമുള്ള ഒരാളാണ് ഈശ്വരൻ ഏറ്റവും സ്നേഹമുള്ള ആളുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാളിതാ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകും അപ്പൊ നമ്മളെന്താ ചെയ്യാം വീടൊക്കെ വൃത്തിയാ അത് അതുകൊണ്ടല്ലേ നമുക്ക് തോന്നിയിട്ടുള്ള ഈ ക്ഷേത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ക്ഷേത്രത്തിലെ ആ എന്താ പറ വരുക അല്ലേ പറയെടുക്കും ആ എന്താ ദേവനൊക്കെ തന്നെ ആനപ്പുറത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരും കൊല്ലത്തിൽ ഒരിക്കൽ അന്നെങ്കിലും എന്ത് വേണം വീടൊക്കെ വൃത്തിയാക്കി വെക്കണം അല്ലേ ഇത് നമ്മൾ ഇന്നത് വളരെ കുറഞ്ഞിരിക്കുക ഇങ്ങോട്ട് വരേണ്ട ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നാണ് പിന്നെ പേരിന് ആ മുറ്റത്ത് ഒന്നൊന്ന് ചാണകമൊക്കെ ചാണകമൊന്നും ഇപ്പം കിട്ടാനില്ല കിട്ടിയാൽ തന്നെ അത് ചാണകമാണോ എന്ന് സംശയമാണ് കാരണം അത് കഴിക്കുന്നത് അങ്ങനെയുള്ളതൊക്കെയാണ് അപ്പം പേരിനൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് അവിടെ മാത്രം ഒന്ന് കാണിച്ചു കൂട്ടും പണ്ടങ്ങനെയല്ല ഭഗവതി വരുന്നു അല്ലെങ്കിൽ ദേവൻ വരുന്നു ഭഗവാൻ വരുന്നു ഭഗവാന്റെ അതിവിടെ ഇറക്കി വയ്ക്കും അതോടുകൂടി ആ ഒരു വർഷത്തെ ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ആ ഒരു ശ്രദ്ധ അത് ക്ഷേത്രങ്ങളും ഗൃഹങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നു ആറാട്ടിൽ ഉത്സവത്തോടുകൂടിയിട്ട് ക്ഷേത്രവും ആ സമീപ പ്രദേശവുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു അവിടുന്നാണ് എല്ലാ സംസ്കാരങ്ങളും ആവിർഭവിച്ചത് സ്വാമിജി വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞു യൂണിവേഴ്സിറ്റിയാണത് അതെ അവിടെ സംഗീതം ഉണ്ടായത് അവിടെ നൃത്തം ഉണ്ടായത് അവിടെ എന്താ പറയുക ചിത്രരചന ഉണ്ടായത് എല്ലാം അവിടെ നിന്നാണ് ഇവിടെ എന്തൊക്കെ നിങ്ങൾ കാണുന്നുവോ അതിന്റെ മുഴുവൻ ആവിർഭാവം അതിന്റെ അടിവേരുകൾ നിൽക്കുന്നത് ക്ഷേത്രങ്ങളിലാണ് പക്ഷേ ഇന്ന് പല ക്ഷേത്രങ്ങളും എന്താണ് ഈ സംസ്കാരത്തെ ഈ സംസ്കാരത്തെ ഉണ്ടാക്കുന്നതിന് പകരം ആ സംസ്കാരത്തിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെയാണ് ക്ഷേത്ര ഉത്സവമായി ഉത്സവം എന്ന് പറയുന്നിടത്തൊക്കെ കാണുന്നു ഇന്ന് സ്വാമി എന്താ ഒരു കുറച്ചൊരു കുറച്ച് ഒരു ദൂരത്ത് പോയിരുന്നു ദൂരം എന്ന് പറഞ്ഞാൽ എന്താ അതിന് പറയാ ചേന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ അവിടെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ നോട്ടീസ് കണ്ടു ശിവക്ഷേത്രത്തിലെ മെയിൻ പരിപാടി ഗാനമേള നാടകം കഥാപ്രസംഗം ചങ്ങമ്പുഴയുടെ രമണൻ അതെ രമണൻ മോശമെന്നല്ല പക്ഷേ അവിടെ നിന്ന് ഒരു അതായത് നമുക്ക് അതായത് ഈ ഭക്തിയെ നമ്മൾ കാണാൻ പോവുക ഭക്തി എന്താണ് പരമപ്രേമരൂപ ഇപ്പൊ ഈ പരമമായിട്ടുള്ള പ്രേമെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രേമം എന്താണ് പഴയ സിനിമാ നടന്മാരും നടികളും പ്രേമിച്ച ഒരു പ്രേമുണ്ടല്ലോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉജ്ജ്വലമായ പ്രേമകാവ്യം എന്ന് പറഞ്ഞാൽ എന്താ ഇതാ ഈ രവണനൊക്കെ അതിൻ്റെ അല്ലെങ്കിൽ ചെമ്മീൻ പോലുള്ള സ്വാമി ഒന്നിനെയും വിമർശിക്കുകയല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു അവരുടെ പ്രേമം പൂവണിയാഞ്ഞപ്പോ അല്ലെങ്കിൽ കായ്ക്കാത്തപ്പം അവരെന്ത് തീരുമാനിച്ചു മരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവര് ഒരുമിച്ച് ഒരു കയറിൽ കെട്ടി തൂങ്ങി അവിടെ അവര് ചെലവ് ചുരുക്കി എന്ന് പറയാം അതെ അവരേതായാലും ഒരുമിച്ച് ജീവിച്ചിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടായേനെ അപ്പോൾ പ്രേമം ഒരിക്കലും മരണത്തിൽ കലാശിക്കുന്നില്ല എന്ന് അതുകൊണ്ട് ഒരുമിച്ച് മരിക്കുന്നതൊക്കെ നമ്മൾ ഉദാത്തമാണ് പ്രേമത്തിൻ്റെ എന്താ പറയുക അതിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു പദവിയാണ് ഒരുമിച്ച് ചാടലും ഒരുമിച്ച് വിഷം കഴിക്കലും ഒരുമിച്ച് തലവെക്കലും പ്രേമത്തെ ആചാര്യൻ നിർവചിച്ചിരിക്കുന്നത് അമൃതസ്വരൂപാച്ച എന്ന അത് മരണരഹിതമാണ് അപ്പൊ പിന്നെ നമ്മൾ പ്രേമെന്ന് പറഞ്ഞതോ അത് അതിനെ ആചാര്യം പറഞ്ഞിട്ടുണ്ട് അത് കാമമാണ് കാമത്തെ പ്രേമത്തിൻ്റെ ഒരു കുപ്പായ ഇട്ടിട്ട് ദം പിടിച്ചോ എന്ന് പറഞ്ഞാൽ അതാണ് ഇന്നിപ്പം ക്ഷേത്രത്തിലൊക്കെ നമുക്കിങ്ങനെ തരിക ക്ഷേത്രത്തിൽ പരിപാടിയായിട്ട് പരമമായ പ്രേമം അല്ല എന്ന് അത് കാമമാണ് കാമം വേറെ പ്രേമം വേറെ കാമൊരുവന് കാമൊരുവന് വന്നു കഴിഞ്ഞാൽ എന്താണ് നാശം പഠിച്ചുവല്ലോ രണ്ടാം അധ്യായത്തിൽ പ്രേമം വന്നു കഴിഞ്ഞാലോ അവൻ അമൃതനായി തീരുന്ന ഒരു സംശയവും ഇല്ലാതെ പറയുന്നുണ്ട് ഭക്തിയാണ് ഭക്തിയാണ് പ്രേമം സാത്തു അസ്മിൻ പരമപ്രേമരൂപ പരമമായ പ്രേമം അങ് അതെന്ത് പ്രേമാ സ്വാമി നമ്മൾ മനസ്സിലാക്കാൻ പോണത് കാമം വേറെ പ്രേമം വേറെ കാമൊരുവന് കാമൊരുവന് വന്നു കഴിഞ്ഞാൽ എന്താണ് നാശം പഠിച്ചുവല്ലോ രണ്ടാം അധ്യായത്തിൽ പ്രേമം വന്നു കഴിഞ്ഞാലോ അവൻ അമൃതനായി തീരുന്ന ഒരു സംശയമില്ലാതെ പറയുന്നുണ്ട് പ്രേമം ഭക്തിയാണ് ഭക്തിയാണ് പ്രേമം സാത്തു അസ്മിൻ പരമമായ പ്രേമം അങ് അതെന്ത് പ്രേമാ അതാ നമ്മൾ മനസ്സിലാക്കാൻ പോണത് അപ്പൊ ഈ ഐ ലവ് ഐ ലവ് യു ആയിട്ട് അതിനൊരു ബന്ധുവില്ല പ്രേമവിവാഹം ഇല്ല പ്രേമത്തിൽ വിവാഹമില്ല സ്വാമി എന്താ പറയുന്നത് ഞങ്ങൾ അങ്ങനെയാണല്ലോ അല്ല പ്രേമത്തിൽ വിവാഹ പ്രേമത്തിൽ എടുക്കലും കൊടുക്കലും വാങ്ങലും ഒന്നുമില്ല അവിടെ സ്വന്തമാക്കലില്ല നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേര് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അതൊന്നും സ്വാമി തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് മോശമാണെന്നൊന്നും പറയുന്നില്ല അതാവാ പക്ഷെ നിങ്ങൾ പ്രേമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് രാ രാധയും കൃഷ്ണനും തമ്മിലുള്ള നമുക്ക് വലിയ വിഷമേ നമ്മളെ ഈ നോവലും ഇതൊക്കെ സ്വാധീനിച്ചിരിക്കുക എന്തുകൊണ്ട് അവർ ഒരുമിച്ച് ആ മരക്കൊമ്പിലിരുന്ന ആ വേടൻ്റെ അമ്പ് ഇതിലേ കയറി അതിലെയും കൂടെ എങ്ങനെ രാധയിലും കൂടെ കയറിയിരുന്നെങ്കിൽ എന്ത് രസായനെ എന്ന് പറയുക അവരൊരു രസമുണ്ടായിരുന്നു ഇതുവരെ ചമച്ച കഥകളൊക്കെ അങ്ങനെയാണ് ലൈലാ മജുനുവൊക്കെ കണ്ടിട്ട് കേട്ടിട്ടൊക്കെ കാണുകയല്ല കേട്ടിട്ട് പിന്നെ താജ്മഹലൊക്കെ കാണുമ്പോൾ നമ്മൾ ആ പ്രേമത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ വാ വ ഇതൊന്നും മോശമാണ് എന്നല്ലേ പക്ഷേ ഇതിലൊക്കെ നമ്മൾ നിന്നു കഴിഞ്ഞാൽ നാരദർ പറയുന്ന ഭഗവാൻ ഭക്തി യോഗത്തിൽ പറയുന്ന പ്രേമം നമുക്ക് മനസ്സിലാക്കാതെ പോവും അത് വേറെ ഇങ്ങനെ പല കുഴപ്പങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അതിലൊന്നാണ് അഹിംസ ഗാന്ധിജിയുമായി ചേർത്ത് വെച്ച് മനസ്സിലാക്കിയത് ഗാന്ധിജി അതുകൊണ്ട് കുഴപ്പക്കാരെന്നല്ല പ്രേമം ഇങ്ങനെയുള്ള കവി പറഞ്ഞു എന്നതും ആധുനിക അല്ലെങ്കിൽ മറ്റ് കവികളും സാഹിത്യകാരന്മാരും ഒക്കെ പ്രേമത്തെക്കുറിച്ച് ഇങ്ങനെ അവർ പ്രേമെന്ന് തന്നെയാണ് അതിന് പറഞ്ഞതും പ്രേമിച്ച് ഒളിച്ചോടി പ്രേമത്തിൽ ഒളിച്ചോട്ടമില്ല അല്ലേ അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ അവർ തമ്മിൽ ഭയങ്കര പ്രേമത്തിലാണ് എന്തായി ഭയങ്കര പ്രേമെന്ന് പറഞ്ഞ ഏത് നേരം വെറുപ്പിച്ചുകൊണ്ടിരിക്കുക അവനെ അവളെ കാണാതെ ഉറക്കമില്ല ഇപ്പോഴോ കാണുമ്പോഴോ ഉറക്കം പോകുന്നു പറഞ്ഞ ഇത് എത്ര കാല പ്രേമത്തിന്റെ ഡ്യൂറേഷൻ ആറു മാസ ഒരു വർഷ രണ്ടു വർഷ മൂന്ന് വർഷ എത്രയോ മൂന്നോ പരമമായ ശ്രദ്ധ ശ്രദ്ധയോടുകൂടി എന്നെ ആരൊക്കെയാണോ ഉപാസിക്കുന്നത് അവര് ശ്രേഷ്ഠന്മാർ അപ്പൊ ഭഗവാൻ ആദ്യം പറയുന്നത് സഗുണ ആരാധകര് അവർക്ക് ശ്രദ്ധയുണ്ട് എങ്കിൽ ആ ആരാധനയിൽ ശ്രദ്ധയുണ്ട് എങ്കിൽ അവര് ശ്രേഷ്ഠന്മാരാ ശ്രദ്ധ ഇല്ലെങ്കിലോ ഭഗവാൻ അറിയില്ല അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് തുടർന്ന് നിർഗുണ ഉപാസകന്മാരുടെ കാര്യം എന്താണ് ആദ്യം എന്താണ് നിർഗുണം എന്ന് പറയുന്നത് അവ്യക്തം സർവത്രമചിന്യം ചൂടസ്ഥലം ധ്രുവം ഏതു അക്ഷരം അനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസത്തെ സർവത്രകം അചിന്യം ചൂടസ്ഥം അചലം ധ്രുവം അടുത്ത ശ്ലോകം കൂടെ രണ്ട് ശ്ലോകം കൂടെ ചേർന്നിട്ടാണ് സേന്ദ്ര ഗ്രാമം സമബുദ്ധയേ പ്രവേഭൂത സംയമ്യ ഇന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി മാം ഏവ സർവഭൂതഹിതേരതാ പറയണോ ഭഗവാൻ രണ്ട് ശ്ലോകങ്ങളും കൂടെ ഒരുമിച്ച് അന്വയിപ്പിക്കാം ഇന്ദ്രിയഗ്രാമം സംയമ്യ നിർഗുണ ഉപാസനയിൽ പറയുന്നതാ നിർഗുണ ഉപാസകന്മാര് എന്താണ് നിർഗുണ ഉപാസന സഗുണ ഉപാസന വിസ്തരിക്കണം എന്ന് ഉണ്ടെന്ന് തോന്നുന്നില്ല പലപ്പോഴായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഏതെങ്കിലും ഭാവത്തിൽ ഏതെങ്കിലും പ്രകാരത്തിൽ ഈശ്വരനെ മൂർത്തിയായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സങ്കല്പിക്കുക എന്നിട്ട് അതിനെ എന്താ സൂര്യോപാസനയും എല്ലാം സഗുണമാണ് എന്ന് പറയുക ചുരുക്കി പറഞ്ഞാൽ ഈ നിരീശ്വരവാദികൾ യുക്തിവാദികൾ എന്നൊക്കെ പറയുന്നവർ അവൻ്റെ ഒരു സുഹൃത്ത് ട്രെയിൻ കയറി പോകുന്ന സമയത്ത് ഹാപ്പി ജേണി എന്ന് പറയുന്നത് മതപരമാണ് ആശീർവാദമാണ് അതൊക്കെ മതപരമായിട്ടുള്ള ചടങ്ങുകളാണ് അവൻ ആശീർവദിക്കുന്നു എന്താണ് ആശീർവദിക്കുന്നത് നിന്റെ യാത്ര സുഖകരമായി ഭവിക്കട്ടെ അല്ലേ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മതപരം ഈ അതുകൊണ്ട് എല്ലാവരും ഇതിൽ പെട്ടിരിക്കുന്നു ആർക്കും ഇതിൽ നിന്ന് രക്ഷയില്ല എന്ന് പറയാം മതപരനല്ലാത്ത ഒരുവനും ഇല്ല ഈ അസംബ്ലിയിലൊക്കെ ചിലര് ഞാൻ ദൈവനാമത്തിൽ എന്ന് പറയുമല്ലോ ചിലര് ദൈവനാമത്തിലല്ല പിന്നെ വേറെ ഏതെങ്കിലും നാമത്തിൽ ഏതെങ്കിലും ഒരു നാമത്തിലാണല്ലോ പക്ഷെ അവർ ധരിച്ചിരിക്കണു ഈ ദൈവനാമം എന്നൊക്കെ പറഞ്ഞാലേ ദൈവമാകുന്നുള്ളൂ എന്ന് അപ്പൊ അതാണ് ഇവൻ രാഷ്ട്രീയ പാർട്ടികൾ ഇതൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള എന്നാലും നിങ്ങൾക്ക് ഇവിടെ ഈ സംശയങ്ങളെല്ലാം തീരണം സകുണാരാധന എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവർക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തുണ്ട് നേതാക്കന്മാരുണ്ട് അവർക്ക് സ്തൂപങ്ങളുണ്ട് അവർക്ക് ചിഹ്നങ്ങളുണ്ട് ഇതൊക്കെ അവരുടെ അവരേതിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് അത് അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം അതിനെ അധിക്ഷേപിക്കാൻ ആരും അനുവദിക്കില്ല ചെയ്യോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു പ്യൂണായിരുന്ന ആള് ടേബിള് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ദേശീയ പതാക അങ്ങോട്ട് തുടച്ചു കുറച്ച് രാഷ്ട്രബോധമുള്ള മേലുദ്യോഗസ്ഥൻ ഉടനെ കൊടുത്തു വീട്ടിൽ പോയിരുന്നോളാം പറഞ്ഞു കോടതിയിൽ അദ്ദേഹത്തിന് വാദിക്കാൻ പറ്റുമോ സർ ഞാനൊരു കോറ തുണിയാണ് അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി തുടച്ചത് അതിലിപ്പം ഒരു പച്ചയും വെള്ളയും കുങ്കുമൊക്കെ ഉണ്ടായി അതിപ്പോൾ ദേശീയ പതാക നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എന്നൊക്കെ പറഞ്ഞാൽ ഇല്ല നടപ്പില്ല എന്ന് പറയാം ദേശം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു അതിനെ സെല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ദേശത്തെയാണ് സെല്യൂട്ട് ചെയ്യുന്നത് വന്ദേമാതരം പറയുന്ന സമയത്ത് ഞാൻ ഈ മാതൃഭൂമിയുടെ ഞാൻ ജനിച്ച ഈ ഭൂമിയുടെ എല്ലാ വിധത്തിലുള്ള എല്ലാറ്റിനെയും ഞാൻ ആരാധിക്കുന്നു അംഗീകരിക്കുന്നു അതിൻ്റെ മുൻപിലാണ് എൻ്റെ നമസ്കാരം സെലൂട്ട് ഇതൊക്കെ നമുക്ക് സ്വീകാര്യമാണെന്ന് പറയും പക്ഷേ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തോ അന്ധവിശ്വാസം ആരെങ്കിലും പറയാറുണ്ടോ ദേശീയ പതാകയെ സെലൂട്ട് ചെയ്യുന്നത് അന്ധവിശ്വാസമാണെന്നും ആരെങ്കിലും പറയാറുണ്ടോ രാഷ്ട്രീയ പാർട്ടികൾ ഇവരൊക്കെ സെല്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവരുടെ പതാക പൊങ്ങുന്ന സമയത്ത് അവർ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നില്ല മന്ത്രങ്ങൾക്ക് വലിയ എന്താ പറയുക അത് വെറുതെ കാറ്റിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഇവിടെ ഋഷി രചിച്ച മന്ത്രങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പല ഭാവഹാവാദിക പലതിനെയും എന്താ പറയുക ഉൽപ്പാദിപ്പിക്കാനും ഇല്ലാതെയാക്കാനുമൊക്കെ ഉള്ള ശേഷിയുണ്ടെന്ന് പറയാം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക ഇത് എന്തുകൊണ്ടാണ് സ്വാമി ഇത് പറഞ്ഞതെന്നാണെങ്കിൽ നിങ്ങൾ ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ഒരു വാദവും ഇല്ലാത്ത ഈ തളർവാദം പിടിച്ചവരേക്കാൾ കഷ്ടമായിട്ടുള്ള ആളുകളെ നിങ്ങൾ നേരിടും ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകിച്ച് ഇതിനൊക്കെ വരുമ്പം അവരിങ്ങനെ ഓരോന്ന് ചോദിക്കും ഏത് ഈശ്വരൻ എവിടെ ഈശ്വരൻ എന്ത് ഈശ്വരൻ എന്തിനാണ് നിങ്ങൾ അവിടെ പോണത് ഇവിടെ പോണത് എന്നൊക്കെ അപ്പൊ ഇതൊക്കെ ഇതിൽ പെട്ടു എന്ന് അറിഞ്ഞുകൊള്ള ഒരാളും ഇവിടെ സഗുണ ആരാധന നടത്താത്തവരായിട്ട് ഇല്ല ഇനി സഗുണമായിട്ടുള്ള ആരാധനയെ അതിക്രമിച്ചവനാര് എന്ന് ചോദിച്ചാൽ അത് ഈ ശാസ്ത്രം ഉൾക്കൊണ്ട് ഇതിനൊരു വഴിയുണ്ട് ആ വഴിയിൽ പോകുന്നവനാണ് അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ആരാധനാ സമ്പ്രദായം എന്ന് കരുതിയേക്കരുത് എന്ന് പറഞ്ഞു ശരി ഇനി ഇവിടെ നിർഗുണമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയണം അപ്പൊ ഇന്ദ്രിയ ഗ്രാമം ഇന്ദ്രിയങ്ങളുടെ കൂട്ടത്തെ ഇന്ദ്രിയ സമൂഹം എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളെ അറിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും വാക് പാണിപാത പായു ഉപസ്ഥ തുടങ്ങിയിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഇതിൻ്റെയൊക്കെ കോർഡിനേറ്ററായിട്ടുള്ള മനസ്സും അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മനസ്സും എന്താണ് നിയമ്യ സംനിയമ്യ നിയമനം ചെയ്തിട്ട് നിയമനം ചെയ്യ എന്ന് പറയുമ്പം അടക്കിയിട്ട് എന്നൊരു അടക്കിയിട്ട് അടക്കിയിട്ട് എന്ന് പറയുമ്പം എതിരായിട്ട് എന്നല്ല ഓർക്കണം അപ്പുറത്ത് എന്നാണ് താമരയെ ഓർക്ക ഒരു പടി മുകളിൽ സംനിയമ്യ എന്ന് പറയുമ്പം എതിരായിട്ടുള്ള പ്രയാണമല്ല പിന്നെയോ ഒരു പടി മുകളിൽ അപ്പൊ അതെവിടെയാണ് അതാണ് നിയമനം ചെയ്യൽ അതിനെയാണ് നിയമനം എന്ന് പറയാം എന്നിട്ടോ സർവത്ര എല്ലായിടത്തും സമബുദ്ധയ സമഭാവന ഉള്ളവരായി നിർഗുണ ഉപാസനെ പറയുന്നതാണ് നിർഗുണ ഉപാസകന്മാർ ഉപാസിക്കേണ്ടുന്ന വിധത്തെക്കുറിച്ച് പറയാം സർവത്ര സമബുദ്ധയ മാത്രമല്ല സർവഭൂതഹിതേരതാ സർവഭൂതങ്ങളുടെയും എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഹിതത്തിൽ തത്പരർ അതിൻ്റെ ഹിതത്തിലാണ് താത്പര്യം സർവഭൂതങ്ങളുടെയും ഒന്നൊഴിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നിന് പോലും ഒരു വിധത്തിലുള്ള ഏൽപ്പിക്കാതെ ഒരു സർവഭൂത ഹിതേരഥന്മാരായിട്ട് ഏതു ആരൊക്കെയാണോ അങ്ങനെ ആരൊക്കെയാണോ എങ്ങനെ പറയണോ ലക്ഷണം പറയണം ഭഗവാന്റെ അനിർദ്ദേശ്യം ഇന്ന പ്രകാരത്തിൽ എന്ന് പറ്റാത്ത അവ്യക്തം വ്യക്തമല്ലാത്ത അചിന്ത്യം ചിന്തയ്ക്ക് വിഷയമല്ലാത്ത കൂടസ്ഥം എല്ലാറ്റിനും ആധാരമായിട്ടുള്ള അതുപോലെ മറഞ്ഞു നിൽക്കുന്ന കൂടവ തിഷ്ടതി ഇത് കൂടസ്ഥം എന്ന അതായത് കൊല്ലൻ്റെ സാധനമുണ്ട് കൊല്ലൻ എല്ലാറ്റിനെയും അടിച്ചു പരത്തും ആ സമയത്ത് അത് പരന്നു പോകില്ല എന്ന് പറയാം മറ്റുള്ളതൊക്കെ മാറുന്ന സമയത്ത് മാറാതെ നിലനിൽക്കുന്ന മറ്റുള്ളതിനൊക്കെ മാറാൻ സഹായിക്കുന്ന മാറ്റമില്ലാത്ത അധിഷ്ഠാനം കൂടസ്ഥം അതുപോലെ അചലം ചലനമില്ലാത്തത് ഇളക്കമില്ലാത്തത് ഒരു പ്രകാരത്തിലും ഇളകാത്തത് എന്തുകൊണ്ടെന്നാൽ സ്വാമിജി പന്ത്രണ്ടാം അധ്യായം വ്യാഖ്യാനിക്കുന്ന സമയത്ത് സ്വാമിജി പറയുന്നുണ്ട് ഈ ഒരു ഒറ്റ ശബ്ദത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അചലം എന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങളുടെ ഭഗവാന് ചലിക്കാൻ പറ്റില്ല എന്ന് പറയും ഭഗവാന്റെ ലക്ഷണം പിന്നെ ഊപ്പരെ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അചലം എന്ന് പറഞ്ഞാൽ തളർവാദം പിടിച്ചങ്ങനെ കിടക്കുക എഴുന്നേൽക്കാൻ പറ്റില്ല അങ്ങനെ പണ്ഡിറ്റുകളെയൊക്കെ വിളിച്ചു രുത്തിയിട്ട് ചോദിച്ചു നാചലം എന്ന് പറഞ്ഞാൽ എന്താന്ന് അവര് പറഞ്ഞു വയറൊക്കെ ഒഴിഞ്ഞിട്ട് അവര് പറഞ്ഞു അത് ചലിക്കാത്തത് എന്ന് തന്നെ അത് അപ്പൊ മനസ്സിലായോ ഗീതയിലുണ്ട് അത്ര പന്ത്രണ്ടാം അധ്യായത്തില് ഭഗവാൻ അചലം ചലിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ ഈ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച ഗുരുവായൂരപ്പന് എങ്ങനെ വരും അദ്ദേഹത്തിന് ചലിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അചലം എന്ന് പറഞ്ഞത് എല്ലായിടത്തും ഉള്ള ഒന്നിന് ചലിക്കുക എന്നുള്ളത് സാധ്യമല്ല എല്ലായിടത്തും ഉള്ള ഒന്ന് എവിടേക്ക് ചലിക്കും എവിടേക്ക് ചലിക്കും എവിടെയും ചലിക്കില്ല ഒരു കുപ്പിയിലെ പകുതി വെള്ളം എടുത്ത് കുലിക്കിയാലോ അത് കുലുങ്ങും എന്തുകൊണ്ട് പകുതി സ്പേസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിറയെ വെള്ളമെടുത്ത് കുലിക്കിയാലോ കുലുങ്ങില്ല കാരണം അതിന് എവിടെ ഇല്ല പോവാൻ അതിനൊരു പോകാനൊരു എന്താ അതില്ലാത്തൊരു ഇടമില്ല ഇല്ലാത്ത ഇടത്തേക്ക് പോകുന്നതിനാണല്ലോ ചലനം അതുകൊണ്ട് ഈശ്വരന് ചലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിതാണ് എന്താണ് അതെല്ലായിടത്തും ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിനെ വ്യക്തമാക്കുന്നു ധ്രുവം അത് ശാശ്വതമാണ് അതുപോലെ സർവത്രകം സർവത്രകം എന്ന് പറഞ്ഞാൽ സർവത്ര ഗം സർവത്ര പശാന്ന് സർവത്ര ഗം സർവത്രകം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് നിറഞ്ഞു നിൽക്കുക എന്നൊക്കെ ഭാഷയുടെ പരിമിതിയുണ്ട് ഈശ്വരൻ വസ്തുക്കളിലാണോ വസ്തുക്കൾ ഈശ്വരനിലാണോ എന്ന് ചോദിച്ചാൽ ഈശ്വരൻ വസ്തുക്കളിലുമല്ല വസ്തുക്കളെ ഈശ്വരനിലുമല്ല പിന്നെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഇതിനെയാണ് സർവത്രകം അക്ഷരം അങ്ങനെയുള്ള ബ്രഹ്മത്തെ അക്ഷരത്തെ നാശരഹിതമായിട്ടുള്ളതിനെ ആരാണോ പര്യുപാസത്തെ നന്നായി ഉപാസിക്കുന്നത് അവർ തേ മാം ഏവ പ്രാപ്നുവന്തി ഭഗവാൻ പറയണു അവരെന്നെ തന്നെ പ്രാപിക്കണം അവരെനിക്ക് പ്രിയപ്പെട്ടവർ എന്നൊന്നും പറഞ്ഞിട്ടില്ല കാരണം അവിടെ പ്രിയപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ല പ്രിയം അപ്രിയം ചില എന്താ പറയുക വികാരങ്ങളാണ് അതൊക്കെ സഗുണ ഭാവത്തിലുള്ള ഇതിൽ ഭഗവാൻ തന്നെയാണ് ഭക്തനായിട്ട് ആരാണ് ഇങ്ങനെ ഉപാസിക്കുന്നത് അവൻ ഞാനാണെന്ന് പറയാം അവൻ എന്നെ പ്രാപിക്കുന്നു ഇതാണ് നിർഗുണമായിട്ടുള്ള ഉപാസന ഈ രണ്ട് വിധികളും രണ്ട് സമ്പ്രദായങ്ങളും നമുക്ക് തന്നിട്ടുള്ളതാ അതുകൊണ്ട് മനസ്സിലാക്കുക ഈ ആരാധനയില് യാതൊരു സംഘർഷവും നിലനിൽക്കുന്നില്ല യാതൊരു സംഘർഷവും ഇതിൽ നിലനിൽക്കുന്നില്ല എന്ന് പറയാം സഗുണ ആരാധനയും നിർഗുണ ആരാധനയും അതുകൊണ്ട് ഈശ്വരനും പ്രകൃതിയും ഈശ്വരൻ വേറെ പ്രകൃതി വേറെ അങ്ങനെയൊരു സംഘർഷമൊന്നുമില്ല നമ്മുടെ ഇടയിൽ ശാസ്ത്രകാരന്മാർക്ക് പണ്ടുണ്ടായിരുന്നു ശാസ്ത്രത്തിൽ പുതിയ പുതിയ കണ്ടെത്തലുകളൊക്കെ നടത്തുമ്പം എന്താ പറയുക മനുഷ്യൻ ജയിച്ചു ഈശ്വരൻ തോറ്റു എന്നൊക്കെ പറയും അതാ അവരങ്ങനെ അങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഇവിടെ അങ്ങനെ അതായത് ഈശ്വരന്റെ ദൃശ്യമായ അതായത് ഈശ്വരന്റെ ദൃശ്യമായ അല്ലെങ്കിൽ സ്ഥൂലമായതാണ് ഈ പ്രപഞ്ചം ഈശ്വരൻ സ്ഥൂലമായത് സ്ഥൂലീകരിച്ചത് ഈശ്വരൻ്റെ എപ്പോഴാണോ പ്രകൃതി അവസാനിക്കുന്നത് ജഗത്ത് അവസാനിക്കുന്നത് അപ്പോഴാണ് ഈശ്വരൻ ആവിർഭവിക്കുന്നത് എന്ന് പറയുക അതായത് ജഗത്ത് ഇല്ലാതെയാവണമെങ്കിൽ നാമരൂപാദികൾ ഇല്ലാതെയാവണം നാമരൂപാദികളിൽ ഈശ്വരനാണെന്ന് കാണുന്നത് സഗുണ ആരാധന നാമരൂപാധികൾ എപ്പോഴാണോ കൊഴിയുന്നത് അത് നിർഗുണമായിട്ടുള്ളത് നാരായണ ദൈവദശകത്തിൽ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എന്ന് പറയുമ്പം അതിൽ ആ ദൃക്കിൽ പോയി വിലയിക്കുന്ന വേളയിൽ അവനും നിന്നിൽ അസ്പന്ദമാകണമെന്ന അത് നിന്നിൽ ഉറപ്പുറ്റതായി നിൽക്കട്ടെ എന്ന് അപ്പൊ എവിടെയാണ് പ്രകൃതി അവസാനിക്കുന്നത് അവിടെയാണ് ഈശ്വരൻ ആവിർഭവിക്കുന്നത് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരു സംഘർഷവും ഇല്ല നിങ്ങൾക്ക് പ്രകൃതിയിൽ ഏതിനെ വേണമെങ്കിലും ഈശ്വരനായിട്ട് ഉപാസിക്കാം ഈശാവാസ്യ ഉപനിഷത്തിലൊരു മന്ത്രുണ്ട് ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമ്മായ ദൃഷ്ടയെ ഈ സ്വർണത്തിൻ്റെ മൂടിയൊന്ന് മാറ്റിയിട്ട് ആ സത്യത്തെ എനിക്ക് കാണിച്ചു തന്നാലും അത് നമുക്ക് വിഗ്രഹത്തിൻ്റെ മുൻപിൽ ക്ഷേത്രത്തിൽ ഗുരുവായൂരോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് എനിക്ക് ശരിയായിട്ടുള്ള ആ മുഖം ഒന്ന് കാണിച്ചു തന്നാലും അതിനെന്ത് വേണം അത് കാണിച്ചു തരണം എന്നുള്ളത് സഗുണമായിട്ടുള്ളത് ഇവിടെ എന്താണിതാ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയമനം ചെയ്ത് അതിനെന്ത് വേണം എവിടെയെങ്കിലും ഒന്ന് പോയിരുന്നാൽ മതി ഈ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ക്ഷേത്രത്തിൻ്റെയോ സങ്കേതത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഇനി അങ്ങനെ ഒരു ഇടത്ത് പോയി ഇരുന്ന് ഇത് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല അതറിയാം ഒരു ഒരു സംഘർഷം ഇവർ തമ്മിൽ നിലനിൽക്കുന്നില്ല എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് ഭഗവാൻ പറയുന്നതും അതാ സഗുണ ആരാധകന്മാരും നിർഗുണ ആരാധകന്മാരും ഒന്ന് ജ്ഞാനമയമാണെങ്കിൽ ഒന്ന് ഭക്തിമയമാണ് ജ്ഞാനമയമാണ് ഈ നിർഗുണ ഉപാസകന്റെ ഭക്തിമയം ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ സഗുണന്മാരാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കോപ്പറാട്ടി തരങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല അതിലൊരറിവുണ്ടായിരിക്കണം ആ ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്ന് പറയാം നീ ഭഗവാൻ പറയുന്നു ഈ നിർഗുണഭാവത്തെ നിർഗുണ ആരാധന എന്നുള്ളത് കുറച്ച് ക്ലേശാണെന്ന കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്താ ഇതിലെ ബുദ്ധിമുട്ട് എന്നാണെങ്കിലോ ഭഗവാൻ പങ്കുവയ്ക്കണോ എന്താ ഇതിലെ ബുദ്ധിമുട്ട് ക്ലേശോധികുഃഖം അധികരം അവ്യക്തസക്തചേതസാം അവതിവാപ്യത്തെ അവസക്തേതസാം അവ്യക്താസക്തചേതസാം എന്ന് പറഞ്ഞാല് വ്യക്തമല്ലാത്ത അവ്യക്തമാർന്ന ആ പരബ്രഹ്മത്തില് മനസ്സിനെ വിലയിപ്പിച്ചിട്ടുള്ള ആസക്ത ചിത്തരായിട്ടുള്ള ദേഷാം ആ നിർഗുണ ഉപാസകന്മാർക്ക് നിർഗുണ ഉപാസകന്മാർക്ക് ക്ലേശ അധിക തരഹ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ക്ലേശം കൂടും എന്താ ക്ലേശം എന്തെന്നാൽ ഭഗവാൻ പറയണു അവ്യക്താഗതി അതിൻ്റെ ഗതി അവ്യക്തമാണ് എന്ന് പറഞ്ഞാൽ ഈ അവ്യക്താഗതി നിർഗുണ ഉപാസനാ മാർഗം അതിൻ്റെ മാർഗം തന്നെ അവ്യക്തമാണ് വ്യക്തമല്ല അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സഗുണ സഗുണത്തിൽ തന്നെ സൂക്ഷ്മമായ ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരു കഴിച്ചെടുക്കൽ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ് സഗുണത്തിൽ തന്നെ പിന്നെ നിർഗുണത്തിന്റെ കാര്യത്തിലോ അവ്യക്താഗതി നിർഗുണ ഉപാസനാ മാർഗം നിർഗുണ ഉപാസനാ മാർഗം എന്ന് പറയുന്ന പ്രയോഗം തന്നെ ശരിക്കും തെറ്റാം നിർഗുണത്തിൽ പിന്നെ ഉപാസനയൊന്നും ഇല്ല എന്നാലും ഭഗവാൻ അതിനെ തന്നെ ഒരു അതിൻ്റെ ആദ്യ ഭാവത്തെ പറയണം